ആവശ്യമായിട്ടുള്ളത് ശാന്തിയാണ് ശാന്തി എന്നുള്ള ആ ഒരു അനുഭവത്തിലല്ലാതെ ഒരിക്കലും പൂർണ്ണത വേറെ ഒരിടത്തും കാണാനൊക്കെയില്ല വരുന്ന വികാരങ്ങളൊക്കെ പോകും വരുന്ന അനുഭവങ്ങളൊക്കെ മറഞ്ഞു പോകും സുഖം വരും പോകും ദുഃഖം വരും പോകും അനേക ദർശനങ്ങളുണ്ടാവും പോകും ഒരു ദർശനവും സത്യമല്ല വിശ്വരൂപദർശനമടക്കം സത്യമല്ല ഭഗവാൻ തന്നെ ആഗമാപായിനഹ അനിത്യാഹ എന്നാദ്യമേ പറഞ്ഞു വേദാന്തം അങ്ങനെയാണ് സമ്പ്രദായം ആദ്യം സത്യത്തിനെ നല്ലവണ്ണം ഉറപ്പിച്ചു പറയും എന്നിട്ട് ആ സത്യത്തിലേക്ക് നമ്മളെ ആ സത്യം പൂർണമായി ധരിപ്പിക്കാനായി ഇടയ്ക്കിടയ്ക്ക് പലതും കാണിക്കും ഇതിനു പ്രത്യക്ഷ ഉദാഹരണം സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതം കൃഷ്ണൻ നമുക്കറിയാൻ ജനിച്ചത് ദേവകിക്കും വസുദേവർക്കും പുത്രനായി ജനിച്ചു ഈ ദേവകിയും വസുദേവരും ഇതിനു മുമ്പ് മൂന്ന് ജന്മത്തിൽ മഹാതപസ്വികളായ ഋഷികളായിരുന്നു ഒരു ജന്മത്തില് കശ്യപ്രജാപതിയും അതിഥിയുമായിരുന്നു ഒരു ജന്മത്തില് സൂതപസ് പ്രശ്നി എന്ന പേരോടുകൂടെ തപസ് ചെയ്തരുന്നു ഇങ്ങനെ അനേക ജന്മം ഇവര് അതിനു മുമ്പുള്ള ജന്മത്തിലൊക്കെ തന്നെ ഇവരൊക്കെ തപസ് ചെയ്ത് ഭഗവാനെ മുമ്പിൽ കണ്ടിട്ടുണ്ട് തപസ്സുകൊണ്ട് ഭഗവാനെ ആരാധിച്ചു നോക്കണം ഈ തപസ്സൊന്നും കാര്യമില്ല തപസും യോഗവും ഒക്കെ ജ്ഞാനമില്ലെങ്കിൽ ജീവിതത്തിന്റെ ലക്ഷ്യം പരിപൂർണമായ ശാന്തിയാണ് ഈശ്വര സാക്ഷാത്കാരമാണ് എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ തപസൊന്നും കാര്യമില്ല ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ രാമകൃഷ്ണ പരമവംസരെ ഒരു കഥ പറയും എന്നിട്ട് ഈ കഥയിലേക്ക് വരാ ഒരു ചക്രവർത്തി ഒരു ദിവസം നാട് കാണാനായിട്ട് ഇങ്ങനെ രഥത്തിൽ പോവാണ് പോവുമ്പോ ഒരു കൂലിപ്പണിക്കാരൻ ഒട്ടിയ വേറോടുകൂടെ വളരെ വിഷമിച്ച് പണിയെടുക്കണത് കണ്ടു കുറെ ദിവസമായി ഈ പണിക്കാരനെ ചക്രവർത്തി രാജാവ് കാണുന്നു ഇങ്ങനെ അനേക ദിവസം കണ്ടപ്പോ രാജാവൻ ഇയാളോട് ഒരു കാരുണ്യം തോന്നി അപ്പൊ രാജാവ് ഒരു ദിവസം ഇയാളോട് പറഞ്ഞു നാളെ താൻ അരമനയ്ക്ക് വരിക സദസിലയ്ക്ക് വരിക എന്ന് പറഞ്ഞ് തന്റെ മോതിരം അഴിച്ചു കൊടുത്തു ഇത് കാണിച്ചാൽ തന്നെ നേരെ എന്റെ അടുത്ത് കൊണ്ടുവരും അതേപോലെ രാജാവ് പറഞ്ഞ പോലെ തന്നെ അടുത്ത ദിവസം ഇയാള് ഈ മോതിരവുമായിട്ട് കൊട്ടാരത്തിലെത്തി കാവൽക്കാരെ മോതിരം കണ്ടതോടുകൂടെ ബഹുമാനപൂർവ്വം ഈ കൂലിപ്പണിക്കാരനെ ചക്രവർത്തിയുടെ മുമ്പിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ അടുത്തൊന്നും പോവാൻ പറ്റില്ല എത്രയോ പേര് എത്രയോ ദിവസമായിട്ട് അപ്ലിക്കേഷൻ ഇട്ട് കാത്തുകൊണ്ടിരിക്കുന്നുണ്ട് സാമന്ത രാജാക്കന്മാരൊക്കെ അവർക്കൊന്നും അടുത്ത് ചെല്ലാൻ സാധിച്ചിട്ടില്ല പക്ഷെ ഈ കൂലിപ്പണിക്കാരൻ മോതിരം കാണിച്ചപ്പോ ബഹുമാനപൂർവ്വം പിടിച്ചു കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് ചക്രവർത്തിയുടെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തി രാജാവ് പറഞ്ഞു തന്നോട് എനിക്ക് എന്താണെന്ന് അറിയില്ല വല്ലാത്തൊരു പ്രീതി തോന്നും ഇഷ്ടം തോന്നും അതുകൊണ്ടാണ് തനിക്ക് ഞാൻ ഇത്രയധികം ഒരു അവകാശം തന്നത് എന്റെ മുമ്പിൽ വരാനായിട്ട് തനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ ഇന്നത്തെ ഒരു ദിവസം താൻ എന്തു ചോദിച്ചാലും ഞാൻ തരും ഇന്നതെന്നില്ല എന്തു ചോദിച്ചാലും ഞാൻ തരും നമ്മൾക്ക് ഇത് കേൾക്കുമ്പോ തന്നെ നമുക്കിങ്ങനെ ഒരു അവസരം കിട്ടില്ല എന്ന് കാത്തോണ്ടിരിക്കേ ഇയാൾ കുറെ നേരം തല ചൊറിഞ്ഞു അത്ര കുറച്ചു നേരം തലചൊറിഞ്ഞിട്ട് അവസാനം പറഞ്ഞു രാജാവേ ഇന്നലെ വൈകുന്നേരം മുതൽ എന്റെ ഭാര്യ വീട്ടിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുക എന്തിനാന്ന് വെച്ചാൽ കൂട്ടാൻ വയ്ക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരു വഴുതിരിങ്ങ തന്നാ വേണ്ടില്ല ഒരു വൈതിരിങ്ങ തന്നാൽ കൂട്ടാൻ വയ്ക്കാൻ ഇന്നയ്ക്ക് കൂട്ടാൻ വയ്ക്കാൻ ഒരു വൈതിരിങ്ങ കിട്ടിയാ വേണ്ടില്ല നമ്മളൊക്കെ ചിരിക്കണു നമ്മളൊക്കെ ചെയ്യണത് ഇതാ ഈ ചിരിക്കുന്ന ആളുകളൊക്കെ ചെയ്യണത് ഇതാണ് സർവകല്യാണ ഗുണനിധിയായ സമഞ്ജസനായ ഭഗവാന്റെ അടുത്ത് പോയിട്ട് അത് വേണം ഇത് വേണം സമഞ്ജസൻ ഭഗവാന് ഭാഗവതത്തിലൊരു പേര് സമഞ്ജസൻ എന്ന് വെച്ചാൽ അവിടെ ഇല്ലാത്തതൊന്നുമില്ല എന്നർത്ഥം സർവസ്വമുണ്ട് ഭഗവാനെ കിട്ടിയാൽ ബാക്കിയൊക്കെ കിട്ടി അതാണ് ഒരു വലിയ യജമാനൻ ഭൂകുടമ അയാളുടെ അടുത്ത് പോയി നാട്ടിലുള്ള ഓരോരുത്തരായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണോ കൊച്ചു കൊച്ചു വസ്തുക്കളായിട്ട് അതായോട് അയാൾ ഇരക്കപ്പെട്ട് കൊടുക്കണം അതിൽ ബുദ്ധിമാനായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയോ മയക്കി തന്റെ മകളെ ആ ഭൂ കല്യാണം കഴിച്ചു കൊടുത്തു എന്നാണ് അപ്പൊ എന്തായാലും ആ ഭൂമിയും തന്നെതായി അതുപോലെ ഇവിടെ സർവേശ്വരന്റെ അടുത്ത് പോയിട്ട് കൊച്ചു കൊച്ചു വസ്തുക്കളെ യാചിച്ചു വാങ്ങിക്ക നമ്മളിത് അപ്പൊ ഈ കുമ്പളങ്ങ വഴിതിരിങ്ങ ചോദിച്ച ആളെ പോലെ തന്നെ സമഞ്ജസനായ ഭഗവാൻ സമഞ്ജസനായ ഭഗവാന്റെ അടുത്ത് പോയിട്ട് പലതും ചോദിക്കണം ഭാഗവതത്തിൽ ഒരു അസുരൻ വൃത്രൻ എന്ന് പറയണ അസുരൻ ആ അസുരൻ ഞാനിയ ആ വൃത്രാസുരനും ദേവേന്ദ്രനും കൂടി യുദ്ധം നടക്കും ഇന്ദ്രൻ ഈ വൃത്രനെ കൊല്ലാൻ യാതൊരു വഴിയും കാണാതെ മഹാവിഷ്ണുവിനോട് പോയി യാചിച്ചു പഞ്ചമസ്കന്ധത്തിൽ ഷഷ്ടസ്കന്ധത്തിൽ ഭാഗവതത്തിൽ ഒരു വലിയ പ്രാർത്ഥന നമസ്തേസ്തു ഭഗവൻ നാരായണ ആദിപുരുഷ മഹാപുരുഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ ഗദ്യം ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ ഈ വൃത്രനെ കൊല്ലാൻ ഞങ്ങളെ സഹായിക്കണം ഗംഭീരമായ ഗദ്യം നമ്മൾ തന്നെ ആ ഗദ്യം കണ്ടാൽ അത്ഭുതപ്പെടും അപ്പൊ തന്നെ ഭഗവാൻ ഇന്ദിരാദി ദേവന്മാരോട് പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥന ഗംഭീരമായിട്ടുണ്ട് പക്ഷെ അതിൽ ഭക്തിയില്ല എന്താന്ന് വെച്ചാൽ എന്റെ ഭക്തന്മാരെ എന്നോടൊന്നും ചോദിക്കില്ല നിങ്ങളിത് അത് തരൂ ഇത് തരൂ ചോദിക്കുന്നത് എന്താ ഈ വൃത്രനെ കൊല്ലാൻ സഹായിക്കണം എന്നിട്ടാണ് ഭഗവാൻ ഉപായം പറഞ്ഞു കൊടുത്തത് ദതീജി മഹർഷിയുടെ നട്ടെല്ലിൽ വാങ്ങിച്ചുകൊണ്ടുപോകുന്നു അത് തന്നെ എത്ര കഷ്ടകാലം നോക്കൂ എത്ര ഹിംസ ചെയ്യേണ്ടി വരുന്നു ഭഗവാനോട് ചോദിച്ചപ്പോ വേറെയൊരു ഹിംസ ഒരു മഹാത്മാവിന്റെ നട്ടല് അതും വാങ്ങിച്ച് വജ്രായുധം ഉണ്ടാക്കിട്ടാണിപ്പോ വൃത്രനെ കൊല്ലാനായിട്ട് ഇന്ദ്രം വന്ന് നിൽക്കുന്നത് അപ്പൊ വൃത്രൻ ഇന്ദ്രന്റെ മുമ്പിൽ വെച്ച് തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാൻ ഇന്ദ്രനെ കാണിച്ചു കൊടുക്കുകയാണ് ഇന്ദ്രനോട് പറഞ്ഞു നിങ്ങൾക്ക് ഭക്തിയില്ല എന്ന് പറഞ്ഞുവല്ലോ ഇവർ ചോദിച്ചപ്പോ യഥാർത്ഥ ഭക്തി എന്താണെന്ന് ഇന്ദ്രന് കാണിച്ചു കൊടുക്കണമല്ലോ അതിനാണ് ഈ വൃത്രൻ ഒരു പ്രാർത്ഥന ചെയ്യണത് ഭഗവാൻ കാണിച്ചു കൊടുക്കണോ ഇന്ദ്രൻ എന്താ പ്രാർത്ഥന എന്ന് വെച്ചാൽ നാകപൃഷ്ടം നാര്യം നാർവഭൗമം നരസാധിപത്യം നോകസിദ്ധി അപുനർഭവം സമഞ്ജസവാ വിരഹയ കാംക്ഷേ അജാഗക്ഷാ ഖഗാഹ സ്തന്യം യഥാ വത്സതരാക്ഷുതാർത്ത പ്രിയം പ്രിയേവ്യൂഷിതം വിഷണ്ണ മനോ അരവിന്ദാക്ഷതി ദൃക്ഷത്തെ ഭഗവാനെ വൃത്രൻ വിളിക്കണത് സമഞ്ജസെന്ന് സമഞ്ജസെന്ന് വെച്ചാൽ എല്ലാം തികഞ്ഞ വസ്തു ഇനി അതൊന്നും ഒന്നും എടുക്കാൻ പറ്റില്ല ഒന്നും ചേർക്കാൻ പറ്റില്ല അതിലെല്ലാം കൊണ്ട് അങ്ങനെയുള്ള ഭഗവാനോട് വൃത്രൻ പറയണത് इंदिरा भगवाने भजि अहं हरे तव पादकमूलो भाई भूय मनस्मरेत असुपते गुणांस्ते गृणी वाक्मकु काहं हरे तव पादकमूलो भवितास् भूय हरे ഹരി എന്നുള്ള വാക്ക് പേര് തന്നെ മനോഹരം ഹൃദയത്തിനെ ഹരിക്കുന്നവൻ അർത്ഥം ഹൃദയത്തിനെ ആകർഷിക്കുന്ന ഹരിക്കുന്നവനായ ഭഗവാനെ അവിടുത്തെ പാദദാസന്മാരുടെ ദാസന്മാരുടെ ദാസനായിട്ട് ഞാനിരുന്നോണം മനസ് എപ്പോഴും അങ്ങയെ സ്മരിച്ചുകൊണ്ടിരിക്കട്ടെ അങ് ആരാണെന്ന് വെച്ചാൽ അസുപതി പ്രാണനാഥൻ പ്രാണനാഥനായ അങ്ങയെ ഒരു ക്ഷണം പോലും മറക്കാതിരിക്കണം വാക്കുകൊണ്ട് അങ്ങയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഭഗവാനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം ശരീരം കൊണ്ട് എന്തു പണി ചെയ്യേണ്ടി വന്നാലും മനസ്സ് ഭഗവാനെ പിടിവിടാതിരിക്കണം അങ്ങനെ ധ്യാനിച്ചിട്ട് എന്ത് കിട്ടാനാ എന്ന് വെച്ചാൽ എനിക്കൊന്നും വേണ്ട വൃത്രം പറയണത് എനിക്ക് സ്വർഗത്തിലേ പോണ്ടാകപൃഷ്ഠം ആ സ്വർഗത്തിന്റെ പൃഷ്ഠത്തിന് പോയി ഇരിക്കണം എന്ന് എനിക്കൊരാഗ്രഹവുമില്ല എന്നാ പാരമേഷ്ട്യം ബ്രഹ്മാവിന്റെ സ്ഥാനത്തിരിക്കാനും എനിക്ക് കൊത്തിക്കില്ല പാരമേഷ്ട്യം ന രസാധിപത്യം രസാതലത്തിൽ പോയി ഇരിക്കാനും കൊതിക്കില്ല ഭൂമിക്ക് മുഴുവൻ ചക്രവർത്തിയായിട്ട് തന്നെ ഇരുത്താം എന്ന് ഭഗവാൻ പറഞ്ഞാൽ അതും എനിക്ക് വേണ്ട എന്നാ പിന്നെ ജനിക്കാതിരിക്കണം എന്നാഗ്രഹമുണ്ടോ പുനർജന്മം അതെങ്കിലും ആശിക്കുമല്ലോ അപുനർഭവം അതും എനിക്ക് വേണ്ട ഭഗവാനെ നീ ജനിക്കാതിരിക്കണം എന്നൊരു എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹവും പിന്നെ എന്താണ് സമഞ്ജസത്വ വിരഹയ്യ കംശേ സമഞ്ജസൻ എന്ന് വെച്ചാൽ തന്നെ ബ്രഹ്മം എന്നർത്ഥം പൂർണ്ണമായ വസ്തു അതിലെല്ലാം ഉണ്ട് സർവം അസ്ഥി അതിലില്ലാത്തതൊന്നുമില്ല അതിൽ അതിൽ സർവമൂന്ന് അറിഞ്ഞിരിക്കണോ ഒരു ക്ഷണം പോലും അവിടുത്തെ മറക്കാതിരിക്കാനുള്ള അനുഗ്രഹം ചെയ്യണം സമഞ്ജസത്വ വിരഹയ്യ കംശേ അതിനെന്താ വഴി എന്ന് വെച്ചാൽ വിരഹം ആ വിരഹത്തിനെയാണ് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിച്ചത് ചിറകു മുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങൾ തള്ളപ്പക്ഷി ഇരപിടിക്കാൻ പോയാത്തുകൊണ്ടിരിക്കണ പോലെ പാലുകുടിക്കേണ്ട നേരമായ പശുക്കിടാവ് തള്ളപ്പശുവിന്റെ അടുത്തേക്ക് തലയും നീട്ടി നിൽക്കണ പോലെ ഭർത്താവ് എവിടെയെങ്കിലും ദൂരത്ത് പോയാൽ ഭർത്താവ് വരുന്നവരെ മനസ്സ് പിടഞ്ഞുകൊണ്ട് സദാ കാത്തുകൊണ്ടിരിക്കുന്ന പതിവ്രതയായൊരു സ്ത്രീയെപ്പോലെ ഭഗവാനെ അവിടുത്തെ കാണാനായി കൊതിച്ചുകൊണ്ടിരിക്കുള്ളൂ ആ കൊതി തീരാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ ഉത്തമശ്ലോക ജനേഷു സഖ്യം അങ്ങയെ അറിഞ്ഞ് അധ്യാത്മദീപസ്വരൂപനായ അവിടുത്തെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് ആത്മജ്ഞാനികളായി സമാധിനിരതന്മാരായി ബ്രഹ്മനിഷ്ഠന്മാരായി ഒരു ക്ഷണം പോലും ആ അനുഭൂതിയിൽ നിന്ന് വിട്ടുപിരിയാതെയുള്ള ജ്ഞാനികളുണ്ടല്ലോ അവരുടെ സംഘം എനിക്ക് കിട്ടണം അവരുടെ സംഘം എനിക്ക് കിട്ടണം അവരുടെ സംഘത്തിൽ ഈ അനുഭൂതി പുഷ്പത്തിന്റെ അടുത്ത് പോകുമ്പോ സുഗന്ധം മണക്കുന്ന പോലെ ബ്രഹ്മത്തിനെ അനുഭവിക്കുന്ന ബ്രഹ്മവിത്തുക്കൾ ഭക്തന്മാർ ഭഗവാനെ അനുഭവിക്കുന്ന ഭക്തന്മാരുടെ അടുത്ത് ഈ ഭഗവത് ഭക്തിയുടെ സുഗന്ധം അനുഭവിക്കാം മമ ഉത്തമ ശ്ലോകജനേഷു സഖ്യം അതുപോലെ ദുസ്സംഗത്തിൽ കൊടുങ്ങാതിരിക്കണമെന്നും പ്രാർത്ഥിച്ചു അപ്പൊ ഇതാണ് ഉത്തമ ഭക്തിയുടെ ദൃഷ്ടാന്തം യാതൊന്നും വേണ്ടെന്നാണ് പക്ഷെ സാധാരണ നമ്മളൊക്കെ ഭക്തി ചെയ്യുമ്പോ സങ്കല്പം നമ്മൾ ചോദിച്ചിട്ടല്ല നമ്മളെ അറിയാതെ തന്നെ സങ്കല്പമുണ്ട് സങ്കല്പമൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നതല്ല അല്ലേ ഇപ്പൊ ദിവസം നമ്മൾ സ്വപ്നം കാണണമല്ലോ സ്വപ്നം നമ്മൾ ആശിച്ചിട്ടാണോ സ്വപ്നം വരേണ്ടത് ആർക്കെങ്കിലും രാത്രി ഇന്ന് രാത്രി എനിക്ക് ഇന്ന സ്വപ്നം കാണണം എന്ന് ഈ വീഡിയോ ഒക്കെ കാണുന്ന പോലെ അല്ല കാസറ്റ് ഇട്ടിട്ട് കിടക്കാൻ പറ്റുമോ അതിലെന്ത് കാണിക്കണോ അത് കണ്ടോളണം അവിടുന്ന് റിലേ ചെയ്യുന്നത് നമ്മൾ കണ്ടോളണം സ്വപ്നം അല്ലെ ആഗ്രഹം നമ്മളുടെ സ്വതന്ത്രമല്ല വാസനയാണ് പൂർവജന്മ അഭ്യാസത്തിന്റെ ഫലമായി വാസനയായി ആഗ്രഹമായി പൊട്ടിമുളയ്ക്കുന്നു നമ്മൾ അറിയാതെ തന്നെ ഈശ്വരന്റെ അടുത്ത് ഇതൊക്കെ ചോദിച്ചു പോകും ഈ കഥ പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ വസുദേവരും ദേവകിയും പൂർവ രണ്ട് ജന്മത്തില് ഇവര് ഋഷികളായിരുന്നു തപസ് ചെയ്തു തപസ് ചെയ്തപ്പോ ഇവരുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്താ ചോദിച്ചതറിയോ സാക്ഷാത് മഹാവിഷ്ണു മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ ഭഗവാനെ ഞങ്ങൾക്ക് കുട്ടികളില്ല അങ്ങ് ഞങ്ങളുടെ പുത്രനായിട്ട് ജനിക്കണം എന്ന് പ്രാർത്ഥിച്ചു ഭഗവാൻ തന്നെ പറയണത് എന്റെ മായ കൊണ്ട് അവർ മോഹിതരായിരുന്നു അതുകൊണ്ട് ജ്ഞാനം ചോദിച്ചില്ല ആത്മസാക്ഷാത്കാരൻ ചോദിച്ചില്ല പരിപൂർണമായ ശാന്തി ആശിച്ചില്ല അല്പം എന്തോ ഒരു വസ്തു വാങ്ങിച്ചുകൊണ്ട് ചോദിക്കേണ്ടത് എന്താണ് ജ്ഞാനമാണ് ഭഗവാന് പോലും നമുക്ക് തരാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ജ്ഞാനമാണ് ആത്മജ്ഞാനം അത് ഭാഗവതത്തെ തന്നെ നമുക്ക് കാണാം തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഭഗവാൻ ജ്ഞാനം ഉപദേശിക്കും ഗോപസ്ത്രീകൾക്ക് ഉപദേശിച്ചു വിപ്രപത്നികൾക്ക് ഉപദേശിച്ചു ബുദ്ധവർക്ക് ഉപദേശിച്ചു സാക്ഷാത് വസുദേവർക്ക് ഉപദേശിച്ചു ൊക്കെ തനിക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഭഗവാൻ ഞാനും ഉപദേശിച്ചു ഭാഗവതത്തിൽ ഇപ്പൊ ഭഗവാന്റെ അടുത്ത് നമ്മൾ ചോദിക്കേണ്ടത് ഇപ്പോ യോഗവാസിഷ്ടത്തിൽ പ്രഹ്ലാദൻ ഭഗവാനോട് ചോദിച്ചു പ്രഹ്ലാദൻ പരമഭക്തനായ പ്രഹ്ലാദൻ ഭഗവാനോട് ചോദിച്ചു ഭഗവാനെ ഏറ്റവും ശ്രേഷ്ഠം എന്താണെന്ന് അങ്ങക്ക് തോന്നണോ അതെനിക്ക് ഉപദേശിക്കൂ ഭഗവാൻ പറഞ്ഞു പരിപൂർണമായി മനസ്സ് അടങ്ങുന്നവരെ ശമിക്കുന്നവരെ ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് എന്നുള്ള വിചാരം നിലയ്ക്കാതെ തുടരാൻ തന്നെ ഞാൻ അനുഗ്രഹിക്കണെന്ന് ബ്രഹ്മവിശ്രാന്തി പര്യന്താ വിചാരോസ്തുതവ അനഘ പരിപൂർണമായി മനസ്സ് ബ്രഹ്മത്തിൽ ലയിക്കുന്നവരെ ആത്മവിചാരം ചെയ്യാനുള്ള ശക്തി തനിക്ക് ഞാൻ തരണം അതാണ് ഭഗവാൻ കൊടുക്കണ ഏറ്റവും വലിയ അനുഗ്രഹം ഒരു ജീവൻ ജ്ഞാനം ആത്മവിചാരം പക്ഷേ ഇത് ചോദിക്കില്ല നമുക്കുള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ വേറെ വലതുവേ ചോദിക്കുള്ളൂ അതേപോലെ വസുദേവനും ദേവകിയും രണ്ട് ജന്മത്തിൽ ഭഗവാൻ മുമ്പിൽ വന്നിട്ടും ഭഗവാനോട് പറഞ്ഞു എനിക്ക് പുത്രൻ ഞങ്ങൾക്ക് പുത്രനില്ല പുത്രനായി പിറക്കണം ഭഗവാനോ തഥാസ്തു ഭഗവാൻ ആരോടും വിരോധില്ല സമോ സമോഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി നിയ ഏ ഭജീ തുമാം ഭക്യാ മൈ തേശു ചാപ്യാഹം അർജുനനോട് പറയണ അർജുന എനിക്ക് ആരോടും വിര ആസ്തികന്മാരോടോ ഒരു പക്ഷപാതവും കൃഷ്ണൻ ഭഗവാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഒരാൾ ഒരു വശത്ത് നാസ്തികനായി ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞു പ്രസംഗിക്കുകയാണെങ്കിൽ അയാൾക്കും ഒരു മൈക്ക് വെച്ചു കൊടുത്ത് അയാളുടെ മുമ്പിൽ ഒരു ഇരുത്തും ഞാൻ ഒരാള് ആസ്തികനായി ഭാഗവതം കഥയൊക്കെ പറയാണെന്ന് വെച്ചാൽ അയാൾക്കും ഒരു മൈക്ക് വെച്ചു കൊടുത്ത് അയാളുടെ മുമ്പിൽ ഒരു ഇരുത്തും എന്താന്ന് വെച്ചാൽ രണ്ടുപേര് എന്നെക്കുറിച്ച് എന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാളുണ്ട് എന്ന് പറയണു ഒരാളില്ല എന്ന് പറയണു രണ്ടുപേര് എന്നെ കുറിച്ച് എന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ രണ്ടുപേരോടും സമം നാസ്തികനാവട്ടെ ആസ്തികനാവട്ടെ ഒരു വിരോധവും പക്ഷേ ഏ ഭജീതുമാം ഭക്തി എന്നെ ഒരു ക്ഷണം പോലും മറക്കാതെ ആര് സ്മരിക്കണമോ അവരുടെ ഉള്ളിൽ ഞാനുണ്ട് എന്റെ ഉള്ളിൽ അവരുണ്ട് എന്നുവെച്ചാൽ ഒരിക്കലും പിരിയാത്ത ആനന്ദമുണ്ട് ഭഗവാൻ ഉണ്ടോ എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്തെങ്കിലും ഒരു രൂപം ഉള്ളിലുണ്ടോ എന്നുള്ള അർത്ഥം സദാ ആനന്ദം ഭക്തനാണെന്ന് പറഞ്ഞിട്ട് മൂടിപ്പൊതച്ച് വിഷമം പിടിച്ച് ഒരിടത്ത് ഇരിക്കുകയാണെങ്കിൽ അയാൾ ഭക്തനല്ല വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ പ്രസംഗിക്കാനൊക്കെ പോയപ്പോഴേ ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയം കൊച്ചുകുട്ടികളുടെ കൂടെ ഒക്കെ അദ്ദേഹം കളിച്ചു നടക്കും അപ്പൊ അവിടുത്തെ ചില ഫാതിരിമാരൊക്കെ കണ്ടിട്ട് അവർക്കൊക്കെ ആധ്യാത്മികമായിട്ടുള്ള ആള് മത ആചാര്യെന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗൌരവമായിട്ട് ആരോടും വർത്തമാനം പറയാതെ ഒരിടത്ത് അങ്ങനെ ഇരിക്കണം സ്വാമിജി തന്നെ പറയണത് ഇഫ് യു ആർ എ റിലീജിയസ് പേഴ്സൺ യു ഷുഡ് ബി ഓൾവേസ് വെരി സീരിയസ് എ ഡാർക്ക് ക്ലൌഡ് ഓഫ് ഗ്ലൂം ഷുഡ് ഓൾവേസ് ഹാങ് ബിഫോർ യുവർ ഫേസ് എന്നാണ് എപ്പോഴും ഒരു കറുത്ത മേഘം പോലെ വിഷമം പിടിച്ചിരിക്കണം അത്രയും മുഖത്തെങ്ങനെ അങ്ങനെയുള്ള ആളുകളാണ് മതത്തിന്റെ മതാചാര്യന്മാർന്നാണ് അവിടെ ഒക്കെ പള്ളിപ്പാട്ടുകളൊക്കെ കണ്ടിട്ടില്ലേ എല്ലാം കരച്ചില ഇപ്പൊ നമ്മളുടെ പാട്ടും അങ്ങനെയായിരിക്കും ഇന്നിപ്പോ രാവിലെ എന്തോ ഭക്തിഗാനം കേട്ടപ്പോ തോന്നി കഷ്ടം നമ്മളുടെ മതം ഇത്ര ചുവട്ടിൽ പോയി ഈ ബിസിനസ് പോലെ കച്ചവടമായിട്ട് ഇങ്ങനെ പാട്ട് കാസറ്റുകൾ ഇറക്കുകയാണെ ഒക്കെ കേട്ട ദുഃഖം പോലെ ഒന്നിനും ഒരർത്ഥവും ഇല്ല എന്തോ കൊറേ വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ട് ആളുകൾ ഇങ്ങനെ പടച്ചുവിടാനോ ശോകമോഹമായിട്ട് തരം മുടച്ച് പഴയ കീർത്തനങ്ങളൊക്കെ കേട്ടു നോക്കും കേൾക്കുമ്പോ തന്നെ ഭക്തി ഉണ്ടാവും കേൾക്കുമ്പോ തന്നെ ഭാവം ഉണ്ടാവും കേൾക്കുമ്പോ തന്നെ ആനന്ദമുണ്ടാവും ഇതെല്ലാത്തിലും ഒരേ ഒരു ഉണങ്ങി തൂങ്ങിയ പോലെ അപ്പോ വിവേകാനന്ദ സ്വാമികളോട് പാതിരിമാരൊക്കെ പറയൂ അത്രേ അങ്ങ് ഇങ്ങനെയൊന്നും കളിച്ചു നടക്കരുത് ബി വെരി സീരിയസ് സീരിയസ് ആയിട്ടിരിക്കണം ഗൗരവമായിട്ടിരിക്കും അപ്പൊ സ്വാമിജി പറഞ്ഞോ തന്നെ ഞാൻ വളരെ ഗൗരവമായിട്ടിരിക്കും എപ്പോഴാന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരും അത് വരുമ്പോ ഗൗരവമാവും അല്ലെങ്കിൽ എന്തിന് ഗൗരവമായിട്ടിരിക്കണം എന്തിന് ഗൗരവമായിട്ടിരിക്കണം അമൃതാനന്ദത്തിന്റെ അരുമക്കിടാങ്ങളാണ് ഞങ്ങളത് ഭഗവാന്റെ ശിശുക്കളല്ലേ ഭഗവാന്റെ കുട്ടികളല്ലേ മാതാശ്ശ പാർവതീദേവി പിതാദേവോ മഹേശ്വര ബാന്ധവാ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം ഭഗവാന്റെ ശിശുക്കൾക്ക് എന്തു വിഷമം അപ്പോ സന്തോഷം ആനന്ദമാണ് ഭക്തിയുടെ ലക്ഷണം ആനന്ദമാണ് ഭക്തിയുടെ ലക്ഷണം ആനന്ദമാവട്ടെ എപ്പ വരും എന്ന് വെച്ചാൽ ആഗ്രഹങ്ങൾ മുഴുവൻ ഉള്ളുന്നു പോയി ബ്രഹ്മത്തിനെ ഭഗവാനെ അവിടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചാൽ ആനന്ദം ആശകളുള്ളത്തോളം ഭഗവാൻ പൂർണ്ണമായി ഹൃദയത്തിൽ പ്രതിഷ്ഠിതനാവില്ല ഇപ്പൊ വസുദേവനും ദേവകിയും ഭഗവാനെ മുമ്പിൽ കണ്ടിട്ടും അതുകൊണ്ടാണ് ഭഗവാനെ വേണമെന്ന് ചോദിച്ചില്ല ചോദിച്ചത് എന്താന്ന് വെച്ചാൽ മക്കളില്ല മക്കളുണ്ടാവണം എന്ന് ചോദിച്ചു ഭഗവാൻ അത് അനുഗ്രഹിക്കുകയും ചെയ്തു എന്നിട്ട് മൂന്നാമത്തെ ജന്മമാണ് വസുദേവരും ദേവകിയായിട്ട് ഈ ജന്മ ആവുമ്പോഴേക്കും കുറെ പരിഭാവപ്പെട്ടു ഭഗവാന്റെ കാരുണ്യമേ നോക്കണം നമ്മളായിട്ട് ജ്ഞാനത്തിന് വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോ കടുത്ത ഓപ്പറേഷനൊക്കെ വേണ്ടിവരും നമ്മളെ ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ജ്ഞാനം ഒന്നും ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങളൊക്കെ തൽക്കാലം ഇവിടെ ഇങ്ങനെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ അവസാനത്തെ അനുഭവം എന്തായിരിക്കും എന്ന് വെച്ചാൽ വസുദേവരുടെയും ദേവകിയുടെയും ജീവിതം നോക്ക കൃഷ്ണൻ കുട്ടിയായിട്ട് ജനിച്ചു വാസ്തവം പക്ഷേ കൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു ദുഃഖം ഒരു അച്ഛനും അമ്മയും അനുഭവിച്ചിട്ടില്ല കാരണം ജനിച്ച ആറു കുട്ടികൾ കൺമുമ്പിൽ വെച്ച് അടിച്ചു കൊല്ലുന്നത് കാണപ്പെടുക ഇതിനേക്കാളും വലിയ ദുഃഖം എന്തു നമുക്ക് തന്നെ സംശയം തോന്നും കൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് ഈ വസുദേവനെയും ദേവകിയും എന്തിനിങ്ങനെ വിഷമിപ്പിച്ചു എന്ന് തോന്നും ഇത്രയധികം വിഷമം ആറു കുട്ടികള് കൺമുമ്പില് വെച്ച് മരിക്കണത് കാണേണ്ടി വന്നു എന്തിനാ കാണേണ്ടി വന്നതെന്ന് വെച്ചാൽ ഈ കുട്ടി ഉണ്ടാവണം എന്നുള്ള ആസക്തി കാരണമാണ് രണ്ടു മൂന്ന് ജന്മത്തിൽ കളഞ്ഞു കുളിച്ചതേ മുമ്പില് ഭഗവാൻ വന്നിട്ടും വിട്ടുകളഞ്ഞത് ഈ പുത്രൻ ഉണ്ടാവണം എന്നുള്ള വല്ലാത്ത പാശം കൊണ്ടാണ് രണ്ടു മൂന്ന് ജന്മത്തിൽ സാക്ഷാത് സർവേശ്വരൻ മുമ്പില് പ്രത്യക്ഷപ്പെട്ടിട്ട് പോലും ചോദിക്കാതെ കുട്ടി വേണം കുട്ടി വേണം ചോദിച്ചു അപ്പൊ ഇനിമേലാൽ കുട്ടി വേണമെന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടി കണ്ടു എത്ര ക്രൂരം പ്രകൃതിക്ക് ശാന്തമായ ഭാവം മാത്രമല്ല പ്രകൃതിക്ക് ക്രൂരമായ ഭാവമുണ്ട് അപ്പൊ അതാണ് ഇനി അർജുനൻ ചോദിക്കാൻ പോണത് ആഖ്യാഹിമേ കോ ഭവാന് ഉഗ്രൂപിക്കാൻ പോണു എന്താ ഈ ഉഗ്ര ഭയങ്കര രൂപം അങ്ങനെയുണ്ട് അപ്പൊ ഈ ആറു കുട്ടികളും മുമ്പിൽ മരിക്കുന്നത് കണ്ടപ്പോ ഒരുമാതിരി വൈരാഗ്യം വന്നു വസുദേവർക്കും ദേവകിക്കും ഏഴാമത്തെ കുട്ടി ആ ഗർഭത്തിൽ ജനിക്കാതെ വേറെ ഗർഭത്തിലേക്ക് മാറ്റപ്പെട്ടു എന്നിട്ടാണ് എട്ടാമത്തെ പുത്രൻ ജനിച്ചത് ആദ്യം കാണുന്നത് വസുദേവരാണ് കണ്ട ഉടനെ വസുദേവർക്ക് പുത്രനാണെന്നൊന്നും തോന്നണില്ല മുമ്പില് ആവിർഭവിച്ചു തമദ്ഭുതം ബാലകം അമ്പുജക്ഷണം ചതുർഭുജംഖഗദര്യുദായുധം ശ്രീവത്സലക്ഷ്മണശോഭിക്കൗസ്തുവം പീതാബരും സാന്ദ്രപയോദസൗഭം മഹാർഹവൈഢൂൂര്യകിരീടകുണ്ടലത്വിഷാരിഷത്തസഹസ്രകുന്തളം ഉദ്ദാമ കണതിരോചമാനം വസുദക്ഷ വസുദേവരാണ് കാണുന്നത് അദ്ഭുതമായി ശങ്കചക്ര ഗതാപാണിയായി സഗുണദർശം കണ്ട ഉടനെ ഭഗവാനെ കണ്ട ഉടനെ ഇത് ഭഗവാന്റെ ദിവ്യരൂപം എന്ന് തോന്നണ്ടേ പക്ഷേ വസുദേവർക്കിപ്പോൾ പക്വമായതുകൊണ്ട് വൈരാഗ്യം വന്നു ലോകത്തിലൊന്നും വാസ്തവമല്ല ഇവിടെ കുട്ടികളും മക്കളും ലോകവും ഇവിടുത്തെ ധനസമ്പാദനവും ഇവിടുത്തെ സ്ഥാനമാനങ്ങളും ഒക്കെ കള്ളം ഇതിലൊക്കെ കയറി പിടിച്ചാൽ ഇതൊക്കെ അവസാനം നമ്മളെ വിട്ടിട്ടു പോകും അല്ലെങ്കിൽ അപാരമായി ദുഃഖിപ്പിക്കും എന്ന് വസുദേവർക്ക് അറിഞ്ഞു ആ വൈരാഗ്യത്തോടുകൂടെ ഇരിക്കുന്നത് കൊണ്ട് വസുദേവർക്കിപ്പോ ഭഗവാന്റെ രൂപം മുമ്പിൽ കണ്ട ഉടനെ വസുദേവർ പറയണത് അവിടുന്ന് ആരാന്ന് എനിക്ക് മനസ്സിലായി വിധിത്തോസി ഭക്ഷാത് പുരുഷ പ്രകൃത കേവല അനുഭവാനന്ദ സ്വരൂപ സർവബുദ്ധിദൃക് അവിടുന്ന് ആരാണെന്ന് എനിക്ക് നല്ലവണ്ണം മനസ്സിലായി എന്തു മനസ്സിലായി എന്ന് വെച്ചാൽ പുരുഷ പ്രകൃതേഹേ പരഹ പ്രകൃതി എന്ന് വെച്ചാൽ ചിത്തം മനസ്സ് മനസ്സിനൊക്കെ അപ്പുറം മനസ്സിന് പുറകിൽ ശുദ്ധമായ ബോധവസ്തുവായിട്ട് ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് നർത്തനം ചെയ്യുന്നതിന്റെ ഉണ്മയായ പൊരുൾ എന്താണെന്ന് ആരാഞ്ഞു നോക്കുമ്പോ ഏതൊന്നു പ്രകാശിക്കുമോ അതായിട്ട് അതിനെ മാറ്റി നിർത്തിയാൽ പ്രപഞ്ചമില്ല ഞാൻ ഉണ്ടോ പ്രപഞ്ചമുണ്ട് ഞാനില്ലെങ്കിൽ പ്രപഞ്ചമില്ല ആരെങ്കിലും ഉറക്കത്തിൽ പ്രപഞ്ചം അനുഭവിക്കുന്നുണ്ടോ ലോകത്തിനെ കാണുന്നുണ്ടോ മനസ്സ് പൊന്തുമ്പോഴാണ് പ്രപഞ്ചം പൊന്തണത് ഈ മനസ്സാവട്ടെ എവിടെ പൊന്തുണു എന്നിൽ പൊന്തുണു ആത്മാവിൽ പൊന്തുണു അപ്പൊ ആത്മാവില്ലെങ്കിൽ പ്രപഞ്ചാനുഭവം ഇല്ല അപ്പോ ഈ പ്രപഞ്ചം എന്ന് പറയണത് ആത്മസത്ത മാത്രമാണ് ആത്മാത്രമാണ് ആത്മാത്രമാണ് ഉണ്മയായ വസ്തു ആ ആത്മാവാണ് കൃഷ്ണൻ എന്ന് വസുദേവർ കൃഷ്ണൻ ജനിച്ചു മുമ്പിൽ കുട്ടിയായി കിടക്കുമ്പോൾ തന്നെ വസുദേവർ പറയണത് അതാണ് ഭഗവത് ദർശനത്തിന്റെ അതെങ്ങനെ നമുക്ക് ആദ്യമൊക്കെ ഇത് വെറും പുരാണകഥയാണോന്ന് തോന്നും കൃഷ്ണന്റെ രൂപം കാണുമ്പോൾ എങ്ങനെ ആത്മാബ്രഹ്മം എന്നൊക്കെ പറയണമെന്ന് തോന്നും അർത്ഥവാദമാണോന്ന് തോന്നും പക്ഷേ മഹാത്മാക്കളെ സന്ദർശിച്ചവർക്കൊക്കെ അറിയാം ഭഗവാൻ നമുക്ക് മഹർഷിയെ കണ്ടവരൊക്കെ പലരും പറഞ്ഞിട്ടുള്ളത് ആദ്യം പോയി മഹർഷിയെ ഒന്ന് കണ്ടു മഹർഷിയെ ഒന്ന് നോക്കി മഹർഷി തന്റെ മേലെ നോക്കിയതോടുകൂടെ തനിക്ക് ഉള്ളിൽ ഉള്ള അജ്ഞാനത്തിന്റെ മറവ് നീങ്ങി ആത്മതത്വം പ്രകാശിച്ചതായി എത്രയോ പേര് അനുഭവിച്ചിരിക്കും അവർക്ക് മഹർഷി ഇരിക്കണമെന്നോ മഹർഷിയുടെ രൂപം ഇങ്ങനെ ഉണ്ടെന്നോ കൌപീനം ധരിച്ചിരിക്കണമെന്നോ ഒരു മനുഷ്യനാണോ ഋഷിയാണോ ഒന്നും തോന്നിയില്ല ഋഷിയാണ് പോലും തോന്നാതെ ബ്രഹ്മം എന്നനുഭവിച്ചു അതുപോലെ തന്നെ കൃഷ്ണൻ ജനിച്ച ഉടനെ വസുദേവർക്ക് ബ്രഹ്മാനുഭവം ഉണ്ടായി വസുദേവർക്ക് മാത്രമല്ല വസുദേവർക്ക് മാത്രമാണെങ്കിൽ പോട്ടെ അദ്ദേഹം പുരുഷനാണ് മക്കളോട് അത്ര കണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ദേവകി വസുദേവരെ കടത്തിവെച്ചു ദേവകി പറയണത് വസു കൃഷ്ണനെ കണ്ട ഉടനെ കൃഷ്ണനെ കാണുന്നു എന്റെ മകൻ എന്നല്ല അല്ലേ നമുക്ക് കുട്ടി ജനിച്ച ഉടനെ മുത്തശ്ശനെ പോലെ ഉണ്ട് മുത്തശ്ശിയെ പോലെ ഉണ്ട് എന്നൊക്കെ പറയും പലപ്പോഴും പോലെയല്ല മുത്തശ്ശനോ മുത്തശ്ശിയോ തന്നെ പോവാൻ മനസ്സില്ലാതെ വേറെ വഴിക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് പോലെ പക്ഷേ അങ്ങനെയൊക്കെയാണ് തോന്നുക ഇവിടെ ദേവകിക്ക് തോന്നണത് രൂപം യത്താഹു അവ്യക്തമാദ്യം ോതിർുണം നിർവിം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണു അധ്യാത്മദീപം യത് പ്രാഹു അവ്യക്തം ആദ്യം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും മനസ്സിലാവില്ല എന്നുള്ളത് അല്ലെ അവ്യക്തം ആദ്യം ബ്രഹ്മജ്യോതിർഗുണം നിർവിം സത്താമാത്രം ഉണ്ട് എന്നുള്ള അനുഭവം മാത്രമായി നിർവിശേഷം യാതൊരു വിശേഷണങ്ങളും യോജിക്കാത്തതായി രൂപമില്ലാത്തതായി എത്ര സുന്ദരമായി കൃഷ്ണൻ മുമ്പിലിരിക്കുമ്പോ രൂപമില്ലാത്തത് നിർവിശേഷം നിരീഹം വിഷ്ണുഹു അധ്യാത്മദീപ എന്നൊക്കെ ദേവകിയെ സ്തൂപിച്ചു പക്ഷെ കുറച്ചു നേരത്തേ ഉണ്ടായി ഇങ്ങനെ ഗുരുവിന്റെ കൃപ കൊണ്ടോ ഇവിടെയൊക്കെ കൃഷ്ണൻ ഗുരുവാണ് നമുക്ക് ഭഗവാൻ എന്ന് പറഞ്ഞാലും ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞാൽ ഗുരുവാണ് അവതരിച്ച് കഴിഞ്ഞാൽ അവതാരം എന്ന് പറഞ്ഞാൽ ഗുരു എന്നാണ് അർത്ഥം രാമകൃഷ്ണ പരമഹംസർക്ക് കാളി ഗുരുവാണ് ഇഷ്ടദൈവം എന്ന് പറഞ്ഞാൽ ഗുരു തന്നെ ഒരു മനുഷ്യനിൽ ഗുരു ഈശ്വരനെ ആരോപിച്ച് അതിന്റെ ഉള്ളിലുള്ള ഗുരുശക്തിയെ ഉണർത്തുമ്പോ അയാൾ ഗുരുവാകണം അതേപോലെ ഒരു വിഗ്രഹത്തിലും ഈശ്വരത്വം ആരോപിച്ച് ധ്യാനിക്കുമ്പോ ആ വിഗ്രഹത്തിലൂടെ ഗുരുശക്തി തന്നെയാണോ ഉണർന്ന് നമ്മൾ അനുഗ്രഹിക്കുന്നത് അപ്പൊ അതേപോലെ ഇവിടെ കൃഷ്ണൻ ഗുരുവാണ് ഭാഗവതം മുഴുവൻ കൃഷ്ണൻ ഗുരുവാണ് അതാണ് യോഗേശ്വരൻ എന്ന് പറയുന്നത് അപ്പൊ ഭഗവാൻ ജനിച്ച് കഴിഞ്ഞ ഉടനെ കുറച്ചു നേരത്തേക്ക് ഈ ഒരു അനുഭവം കൊടുത്തു ഇപ്പൊ വിശ്വരൂപം പറഞ്ഞുവല്ലോ അർജുനന് മാത്രമൊന്നുമല്ല ജനിച്ച ഉടനെ വസുദേവർക്കും ദേവകിക്കും നിർവിശേഷമായ ബ്രഹ്മസ്വരൂപാനുഭവം ഉണ്ടാക്കി കൊടുത്തു കുറച്ചു നേരത്തേക്ക് ഒന്നും ശാശ്വതമല്ല അല്പനേരത്തേക്ക് അല്പനേരത്തേക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നമുക്കും ചിലപ്പോ സത്സംഗത്തിലിരിക്കുമ്പോൾ ഒരു അല്പനേരത്തേക്കൊരു സുഖം അത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങിയ ചെരുപ്പിട്ടാൽ പിന്നെ ഒക്കെ മറന്നു അതുപോലെ കൃഷ്ണനും അല്പനേരത്തേക്ക് വസുദേവർക്കും ദേവകിക്കും ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്കിപ്പോ ഉണ്ടാക്കി തന്ന ഈ അനുഭവം ഉണ്ടല്ലോ ഇത് മറന്നു കളയുന്നു എന്തിനാ ഈ അനുഭവം ഉണ്ടാക്കിയതെന്ന് ഇനി കുറച്ചു കഴിഞ്ഞാൽ എന്റെ മോൻ തോന്നും തോന്നുമ്പോ യുവാമ പുത്രഭാവേന് ബ്രഹ്മഭാവേനച്ച ചിന്തയന്തനേഹ് മദ്ഗതി പുത്രഭാവം ഇടക്കിടയ്ക്ക് വരും അജ്ഞാനം അത് മാറ്റിവെക്കാൻ പറ്റില്ല അതുപോലെ ലോകം ഉണ്മയാണെന്നുള്ളത് ഇടക്കിടക്ക് വരും മാറ്റിവെക്കാൻ പറ്റില്ല പക്ഷെ അത് വരുമ്പോഴൊക്കെ ബ്രഹ്മഭാവേന ചിന്തയന്തോ കൃതസ്നേഹവും പുത്രൻ എന്ന് തോന്നുമ്പോ കൃതസ്നേഹവും ബ്രഹ്മം എന്ന് തോന്നുമ്പോ ചിന്തയന്തോ പുത്രൻ ബ്രഹ്മം എന്ന് തോന്നുമ്പോൾ ചിന്തയന്തോ കൃതസ്നേഹവും ചിന്തയന്തോ കൃതസ്നേഹവും ചിന്തയന്തോ യാസ്യേ മദ്ഗതി പരാം അതുപോലെ ലോകത്തിലെ ഭാര്യ എന്ന് തോന്നുമ്പോൾ കൃതസ്നേഹം അതിൽ ബ്രഹ്മം തോന്നുമ്പോ ചിന്തയന്ത ഇത് രണ്ടും കൂടി ചേർന്നാൽ ഭാര്യയോടുള്ള പ്രേമം ബ്രഹ്മധ്യാനമാവും മക്കളോടുള്ള ആസക്തി ബ്രഹ്മധ്യാനമാവും ഭർത്താവിനോടുള്ള പ്രേമം ബ്രഹ്മധ്യാനമാവും കുഞ്ഞുങ്ങളോടുള്ള ആസക്തി ബ്രഹ്മധ്യാനമാവും രാജ്യത്തിനോടുള്ള പ്രേമം ബ്രഹ്മധ്യാനമാവും എന്തിലും ഈ ബ്രഹ്മഭാവം കൂട്ടിച്ചേർത്താൽ ബ്രഹ്മഭാവേന ചിന്തയന്തവും പുത്രഭാവേന കൃതസ്നേഹവും ഭാര്യാരൂപേണ കൃതസ്നേഹവും ഗൃഹരൂപേണ കൃതസ്നേഹവും എന്തു വേണമെങ്കിൽ ചേർത്തോളൂ ഇത് കൃഷ്ണന്റെ ആദ്യത്തെ ഉപദേശമാണ് കൃഷ്ണന്റെ ആദ്യത്തെ ഉപദേശമേ പറയണത് നിങ്ങളൊന്നും ഉപേക്ഷിക്കേണ്ട കുടുംബത്തിലിരുന്നോളൂ കുടുംബത്തിലെല്ലാരോടും സ്നേഹമൊക്കെ വെച്ചോളൂ പക്ഷെ ദുഃഖിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവർ സാക്ഷാത് പരമാത്മാവിന്റെ സ്വരൂപമാണ് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചിന്തയന്തോ കൂട്ടിച്ചേർത്തോളം പക്ഷെ അത് എളുപ്പത്തിൽ സാധ്യമല്ലല്ലോ അതുകൊണ്ട് വസുദേവരെയും ദേവകിയും അനുഗ്രഹിക്കാൻ വേണ്ടി യോഗ വൈഭവം ആദ്യം ഒന്ന് കാണിച്ചു കൊടുത്തു ഇനിയിപ്പൊ പുറപ്പെട്ട് പോകാൻ പോവല്ലേ ഇവിടുന്ന് കുട്ടി ജനിച്ചു ജനിച്ചു കുറച്ചു കഴിയുമ്പോഴേക്കും പറഞ്ഞു എന്നെ മധുരയിലേക്ക് ഗോകുലത്തിൽ കൊണ്ടാക്കൂ എന്ന് പറഞ്ഞു അപ്പൊ മധുരയിൽ നിന്നും ഗോകുലത്തിലേക്ക് വസുദേവർ കൊണ്ടുപോയി പക്ഷേ പതിനാലാമത്തെ വയസ്സിലെ ഇനി കാണാൻ പോണുള്ളൂ തിരിച്ചു വരാൻ പോണുള്ളൂ ഗോകുലത്തുനിന്ന് ഈ പതിനാല് വർഷവും ദേവകിക്കും വസുദേവർക്കും കുട്ടിയുടെ ഏതു രൂപമാ ഉള്ളിലുണ്ടാവുക ശങ്കചക്ര കഥാപാണിയായിട്ടും ആദ്യം കൊടുത്ത ഉപദേശം ഇത് ഈ പതിനാല് വർഷവും വസുദേവർക്കും ദേവകിക്കും തപസ്സാണ് ഒരു ദർശനം ഉണ്ടായിട്ട് പോയി അതുകൊണ്ട് അത് സദാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ അനുഭവം അവിടെ പോയി യശോദയ്ക്കും യശോദയ്ക്കും ഇതേപോലെ അനുഗ്രഹം യശോദയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ എത്ര പ്രാവശ്യം അനുഗ്രഹിച്ചു അത്ഭുതങ്ങളൊക്കെ കാണിച്ചു എന്തിനാ വിശ്വാസം ഉണ്ടാക്കാനേ അല്ലാതെ ഈ അത്ഭുതമൊന്നും കാര്യമില്ല ഒരു ദിവസം മടിയിൽ കിടക്കുമ്പോ വായ പൊളിച്ചു വായ പൊളിച്ചപ്പോ ബ്രഹ്മാണ്ടം മുഴുവൻ ആ വായുടെ ഉള്ളിൽ കണ്ടു കുറച്ചു നേരത്തേക്ക് യശോദയുടെ ഉള്ളിൽ ഒരു ശാന്തി ഒരാനന്ദം ഈശ്വരത്വം തോന്നി പിന്നെയും അറിഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നെയും വായ പൊളിച്ചു വരിക രണ്ടു പ്രാവശ്യം വായയുടെ അകത്ത് മുഴുവൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് മൃത്സാ മത്സീഹേതി യശോദ താടന ശൈശവ സന്ത്രാസം വ്യാധിത വക്താലോകിത ലോകാലോക ചതുർദശ ലോകാലി ോകത്രയപുരമൂലസ്തംഭം ലോകാലോകമനാലോകം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം വായുടെ അകത്ത് മുഴുവൻ രണ്ടു പ്രാവശ്യം എന്തിനാ രണ്ടു പ്രാവശ്യം കാണിച്ചു കൊടുത്തതെന്ന് അവിടെ പറയുന്നുണ്ട് ഗുരു ഒരു പ്രാവശ്യം ഉപദേശിച്ചാൽ ചിലർക്കൊക്കെ മനസ്സിലാവും പക്ഷെ ചിലർക്ക് ഒരു പ്രാവശ്യം ഉപദേശിച്ചാലല്ല ഒരു നൂറ് പ്രാവശ്യം ഉപദേശിച്ചാലും മനസ്സിലാവില്ല പക്ഷെ അത് പറഞ്ഞ് ഉപദേശിക്കാതിരിക്കാൻ പറ്റുമോ വീണ്ടും വീണ്ടും ഉപദേശിക്കലും ദർശനങ്ങൾ കൊടുക്കലും ഒക്കെ ആവുമ്പോ പരിഭാഗപ്പെട്ട് പരിഭാഗപ്പെട്ട് പരിഭാഗപ്പെട്ട് സാക്ഷാത് പരമാത്മാവാണെന്നുള്ള ബോധത്തിലേക്ക് ഉറച്ചുറച്ചു വരും ഇങ്ങനെ പല ദർശനങ്ങൾ കൊടുത്തത് ഗോപസ്ത്രീകൾക്കും ഇവർക്കൊക്കെ മനസ്സ് കൃഷ്ണനിൽ പൂർണമായി ലയിച്ചത് എന്നിട്ട് കൃഷ്ണൻ എന്ത് ചെയ്തു വൃന്ദാവനത്തിലുള്ളവരുടെ മനസ്സിനെ മുഴുവൻ തന്റെ നേരെ ആകർഷിച്ചിട്ട് വൃന്ദാവനം വിട്ട് ഒറ്റ പോക്കുക മധുരയിലേക്ക് എന്തിനു പോയി എന്ന് വെച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല വൃന്ദാവനത്തിലേക്ക് കാരണം എന്താന്ന് വെച്ചാൽ അവിടെയെ ഇരുന്നാൽ ഇവരുടെ മനസ്സ് പിന്നെയും കൃഷ്ണന്റെ ശരീരത്തിൽ തന്നെ ആവും അതെടുത്തു മാറ്റി ആ രൂപത്തിലുള്ള ആ ഭക്തിയെ ക്രമേണ നിർഗുണമായ ബ്രഹ്മമാണെന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് വിട്ടിട്ട് പോയത് എന്നിട്ട് ഉദ്ധവരെ അവിടുന്ന് അയച്ചു ഒരു സന്ദേശം കൊടുത്ത് അയച്ചു ഉദ്ധവരോട് പറഞ്ഞു ഉദ്ധവരെ ചെന്ന് ഗോപസ്ത്രീകളോട് പറയുക ഞാൻ ആ ശരീരം മാത്രമല്ല ആത്മാവാണ് ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നു മൂന്നവസ്ഥകൾക്കും സാക്ഷിയായിട്ടുള്ള ബോധവസ്തുവാണ് ഞാൻ എന്നുള്ളത് ഗോപസ്ത്രീകളെ പഠിപ്പിക്കും അവിടെ ചെന്ന് പറയൂ അങ്ങനെയാണ് ഉദ്ധവർ വരുന്നത് വീണ്ടും വൃന്ദാവനത്തിലേക്ക് അപ്പോ കൃഷ്ണാവതാരത്തിൽ ഒരുപാട് പ്രാവശ്യം ഈ ദർശനം ഉണ്ടാക്കി കൊടുത്തുണ്ട് ഭഗവാൻ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഒന്നുമില്ല എല്ലാ ബച്ചന്മാർക്കും അക്രൂരർക്ക് യമുനയിലൊന്നും മുങ്ങിയപ്പോ കൃഷ്ണനെ അവിടെ കണ്ടു തലപൊക്കി നോക്കുമ്പോ അവിടെ കണ്ടു വീണ്ടും മുങ്ങിയപ്പോ അനേക ദിവ്യ ദർശനങ്ങൾ യമുനാജലത്തിന്റെ ഉള്ളിൽ അക്രൂരർക്കുണ്ടായി ഈ ദർശനങ്ങളുടെ ഒക്കെ ഫലം എന്താന്ന് വെച്ചാൽ മനസ്സ് പതുക്കെ പതുക്കെ പതുക്കെ ഏകാഗ്രപ്പെട്ടു പക്ഷേ ഈ ദർശനമൊന്നും ശാശ്വതമല്ല ഇവിടെ ഒരേ ഒരാളെ ശാശ്വതമുള്ളൂ ദർശിക്കുന്ന ആള് ഈ ദർശനമൊക്കെ എന്തിനാ കൊടുത്തതെന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ മനസ്സ് മറ്റു വെളി ലോകത്തിലുള്ള വസ്തുക്കളെയൊക്കെ കാണുന്നത് ഉപേക്ഷിക്കും ഭഗവാന്റെ രൂപത്തിൽ നിലയ്ക്കും ക്രമേണ ആ രൂപത്തിനെയും വിട്ട് ഈ രൂപത്തിനെ കാണുന്നവനാരെ അവനിൽ നോക്കാൻ തുടങ്ങും അവനെ നോക്കാൻ തുടങ്ങും എല്ലാ ദർശനങ്ങൾക്കും മൂലമായിട്ടുള്ളത് ആരാണ് ഞാൻ കൃഷ്ണൻ വന്നു ആര് കണ്ടു കൃഷ്ണനെ ഞാൻ കണ്ടു ഈയിടെ അമ്മ പറഞ്ഞുവേ വലിയ ജ്ഞാനിയുടെ ഒരു ശിഷ്യ അമ്മ അമ്മ കൃഷ്ണന്റെ രൂപത്തിനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു വയസ്സായി വൃദ്ധ കൃഷ്ണരൂപത്തിനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു കുറെ ധ്യാനിച്ച് ഒരു ഘട്ടമെത്തിയപ്പോ ധ്യാനിക്കാൻ പറ്റാതെയായി എത്ര ശ്രമിച്ചാലും ആ രൂപം മുമ്പിൽ പിന്നെ എന്തുകൊണ്ടോന്ന് വെച്ചാൽ മറ്റു വിചാരങ്ങളൊന്നും വരുന്നില്ല പക്ഷെ കൃഷ്ണരൂപത്തിനെ ധ്യാനിക്കാൻ ശ്രമിച്ച് ശ്രമിച്ച് കൃഷ്ണൻ വരണില്ല ആ മുമ്പിൽ അപ്പോ തന്റെ ഗുരുവിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു എനിക്ക് കൃഷ്ണരൂപം ധ്യാനിക്കാൻ പറ്റണില്ലല്ലോ ഞാൻ എന്തു ചെയ്യണം അപ്പൊ ആ ഗുരു അമ്മയോട് ചോദിച്ചു കൃഷ്ണരൂപം ധ്യാനിക്കാൻ പറ്റണില്ല ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടപ്പോ കൃഷ്ണരൂപം ധ്യാനിക്കാൻ പറ്റണില്ല ശരി ഇപ്പൊ അവിടെ എന്തുണ്ട് കൃഷ്ണനെ ധ്യാനിക്കണില്ല വാസ്തവം ഇപ്പൊ അവിടെ എന്തുകൊണ്ട് ഒന്നുമില്ല ഒന്നുമില്ല എന്ന് ആര് പറയണു ഒന്നുമില്ല എന്ന് അവിടെ ആരോ ഒരാൾ കാണണില്ലേ കൃഷ്ണരൂപം ഇല്ല എന്ന് മനസ്സിലായി ധ്യാനിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞ ഒരാൾ വരണ്ടല്ലോ അപ്പോ അപ്പൊ വേറെ ആരോ അവിടെ ഉണ്ട് വസ്തു ആ ധ്യാനിക്കാൻ പറ്റണില്ല എന്ന് പറയണ ആളില്ലേ അയാളെ പിടിക്കാം ആർക്കാണ് ധ്യാനിക്കേണ്ടത് ധ്യാനിക്കേണ്ട ആളാരാ ധ്യാനം ചെയ്യണം എന്ന് ആർക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ തോന്നുന്ന ഞാനാര് ഈ ഞാൻ ആരാണ് ധ്യാനിക്കണം ഇപ്പൊ വിശ്വരൂപമൊക്കെ അർജുനൻ കണ്ടു എന്നിട്ട് ഭഗവാൻ അവസാനം അർജുനനോട് പറയണത് അർജുന ഭാഗവതത്തിലുമുണ്ട് ഉദ്ധവർക്ക് വിഭൂതിയൊക്കെ വർണ്ണിച്ചു കൊടുത്തു വിഭൂതികളൊക്കെ വർണ്ണിച്ചു കൊടുത്തിട്ട് കൃഷ്ണൻ ഇത്രയൊക്കെ മെനക്കെട്ട് വർണ്ണിച്ചു കൊടുത്തിട്ട് അവസാനം പറയണത് വികാരാ സർവേവയേ ഇതൊക്കെ മനോവികാരം എന്നാണ് ഭഗവാൻ തന്നെ പറഞ്ഞത് ഉദ്ധവ ഞാൻ വർണ്ണിച്ച ഈ വിഭൂതികളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വെറും മനോവികാരമാണ് വാചം യ മനോയച്ച് യ്രിയാണിച്ച് ആത്മാനം ആത്മനായച്ച് നൂയ കൽപേ അധ്വനേ ഉദ്ധവ ഇതൊക്കെ ഈ വിഭൂതികളും ഈ ദർശനങ്ങളും ഒക്കെ തൽക്കാല സുഖം പക്ഷെ ഈ താൽക്കാലികമായ സുഖമല്ല ഭക്തന്മാരായ നമുക്ക് വേണ്ടത് നമുക്ക് ശാന്തി വേണം ഈ ദർശനങ്ങളൊക്കെ വന്നിട്ട് പോകും ഈ ദർശനങ്ങളും സുഖങ്ങളും ഒക്കെ ലൗകിക സുഖം അത് കഴിഞ്ഞാൽ പിന്നെ പാരലൗകിക സുഖം ഇത് രണ്ടു ഒരേപോലെ പരലോകത്തിലുള്ള സുഖവും ഇഹലോകത്തിലുള്ള സുഖവും രണ്ടിലും ആസക്തി പോയാൽ ഈ ദർശിക്കുന്നവൻ ആരെന്ന് ചോദിക്കും ഭഗവാൻ നമ്മളെങ്ങനെയാണ് അനുഗ്രഹിക്കെ ഭഗവാന്റെ അടുത്ത് അവസാനം പോയിട്ട് ഭഗവാന്റെ മുമ്പിൽ പോയി നിന്നാൽ ഭഗവാൻ നമ്മൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താന്ന് വെച്ചാൽ നീ ആരാണെന്ന് ചോദിക്കും അപ്പൊ ഉടനെ നമ്മൾ എന്തു പറയും നമ്മളുടെ അഡ്രസ് പറയും അല്ലെ സന്യാസികളുടെ ഈ ബ്രാഹ്മണർക്ക് ബ്രാഹ്മണർക്കല്ല പണ്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇപ്പൊ അവശേഷിക്കുന്നത് ബ്രാഹ്മണരുടെ അടുത്താണ് അതായത് വലിയവരെയൊക്കെ നമസ്കരിക്കുമ്പോ അഭിവാദനം ചെയ്യാന്നൊരു സമ്പ്രദായമുണ്ട് അതായത് ഗോത്രം ചൊല്ലി അഭിവാദനം ചെയ്യാം ഇന്ന ഗോത്രത്തില് ജനിച്ച ആളാണ് ഞങ്ങളുടെ ഗോത്രത്തിൽ ഇന്നിന്ന ഋഷികളുണ്ട് ആ ഋഷികളുടെ ഗോത്രത്തിൽ ഇന്ന ആളുടെ പുത്രനാണ് ഞാൻ എന്റെ പേര് ഇന്നതാണ് എന്ന് പറഞ്ഞ് ഭോഹോ എന്ന് പറഞ്ഞ് നമസ്കരിക്കും അഭിവാദയെ എന്ന് പറഞ്ഞ് നമസ്കരിക്കും ഈ നമസ്കാര സമ്പ്രദായം സന്യാസികളുടെ അടുത്ത് പാടില്ല എന്നാണ് നിയമം ഗൃഹസ്ഥന്മാരെ നമസ്കരിക്കുമ്പോൾ മാത്രമേ ഇത്തരത്തിൽ നമസ്കരിക്കാവൂ സന്യാസികളെ നമസ്കരിക്കുമ്പോൾ ഈ അഭിവാദനം പേരുചൊല്ല ഗോത്രം ചൊല്ലല് ഒന്നും പാടില്ല എന്നാണ് എന്താന്ന് വെച്ചാൽ ഇതൊക്കെ കള്ളം വാസ്തവമല്ല ശരീരത്തിനെ കുറിച്ചല്ലേ ഞാൻ ഈ ശരീരത്തിൽ ജനിച്ചു ഇന്ന സമ്പ്രദായത്തിൽ ജനിച്ചു ഇന്ന അച്ഛൻ ഇന്ന അമ്മ ഇതൊക്കെ പറഞ്ഞാൽ സന്യാസികൾ വാസ്തവത്തിൽ ആ സന്യാസികൾ എന്തു ചോദിക്കണം നീ ആരാണോ എന്ന് ചോദിക്കും ഈ പറഞ്ഞത് മുഴുവൻ നിന്റെ ശരീരത്തിന്റെ അഡ്രസ്സാണ് ഈ ശരീരമാണോ നീ ശരീരം താനാണോന്ന് വെച്ചുകൊണ്ടാണല്ലോ പറയണത് ഞാൻ ഇന്ന അച്ഛന് ജനിച്ചു ഇന്ന അമ്മയ്ക്ക് ജനിച്ചു ഇന്ന പരമ്പരയിൽ ജനിച്ചു ഈ ശരീരമാണോ നീ ആദ്യമായി ഈ സംശയം ഉണ്ടാവണം ശരീരമാണെങ്കിൽ ഈ ശരീരം ഇവിടെ മരിച്ചു പോവും ശരീരം ജനിച്ചു ശരീരം മരിക്കണം ശരീരം മരിച്ചാൽ അപ്പൊ കഴിഞ്ഞു അപ്പൊ പിന്നെ എങ്ങനെ ഋഷികളുടെ വംശം എന്ന് പറയും ഈ ശരീരത്തോടെ അവസാനിച്ചോലും ഈ ശരീരം കത്തിച്ചാമ്പലായി പോവും എല്ലു മാത്രമായിട്ട് കിടക്കും അപ്പൊ ഈ ശരീരം ഞാനല്ല ശരീരത്തിന് ജനനമുണ്ട് ശരീരത്തിന് വളർ വളരുന്നു ശരീരം ദേഹത്തിനോടുള്ള മോഹമുള്ളത്തോളം കാലം ദുഃഖം അസ്തമിക്കുകയേയില്ല തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോ ഭഗവാൻ ആദ്യമായിട്ട് നമുക്ക് ചെയ്യണ അനുഗ്രഹം ദേഹം ഞാനല്ല എന്നുള്ള ഫസ്റ്റ് അറിവ് ദേഹം ജനിക്കണു ദേഹം വളരുന്നുണു ദേഹത്തിന് അനേക കഷ്ടങ്ങളുണ്ട് ൾക്കും ദേഹത്തിനെ ഇവിടെ ശാശ്വതമായിട്ട് നിർത്താൻ പറ്റില്ല ഓ പറ്റുമോ നോക്കൂ ഇന്ന് സയൻസ് ഇപ്പോഴെത്തിയിട്ടുണ്ടല്ലോ ഒരു സ്റ്റേജ് ഇതിന്റെ ഒരു ആയിരമിരട്ടി പ്രോഗ്രസ് ചെയ്തിട്ട് തലകുത്തി നിൽക്കട്ടെ ജനിച്ച മുതൽ മരിക്കണ വരെ ഒരു ജലദോഷം വരാതിരിക്കാൻ ഒരു മരുന്ന് കണ്ടുപിടിക്കട്ടെ അപ്പൊ ഞാൻ സമ്മതിക്കാം ഒരു വ്യാധിയും ഇവിടെ പരിഹരിക്കപ്പെടുന്നില്ല ഇത്രയൊക്കെ സയൻസ് പ്രോഗ്രസ് ആയിട്ട് ഇതുവരെ ഒരു വ്യാധിയും ഒരു നാച്ചുറോപ്പതിയോ അലോപ്പതിയോ ഹോമിയോപ്പതിയോ എന്തു പതി കൊണ്ടും ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ജഗത്പതിയെ തന്നെ പിടിക്കണം പക്ഷു ഒരു പതി കൊണ്ടും ഇവിടെ ഒരു പ്രയോജനമില്ല കാരണം മായ ഇതാണോ അതാണോ തോന്നും അതാവുമ്പോ ഇതാണോ തോന്നും തൽക്കാലത്തേക്ക് പക്ഷെ വേണം വേണ്ടാന്നല്ല വേണ്ടാന്നല്ല പക്ഷേ ആത്യന്തികമായിട്ട് എന്തെങ്കിലും ഇവിടെ മാറിക്കിട്ടുണ്ടോ നോക്കൂ ഡയബറ്റീസ് വന്നു ഏതോ ഒരു ചികിത്സ ചെയ്തു ഇനി ഡയബറ്റീസേ വരില്ല എന്നൊരവസ്ഥ ആർക്കെങ്കിലും ഉണ്ടോ വേണമെങ്കിൽ തൽക്കാലത്തേക്ക് ഒന്നിച്ച് ഓട്ടം പോവുമായിരിക്കും ഒരു ബാലൻസിൽ വരുവായിരിക്കും പിന്നെയും വരും എന്തും അപ്പോ ഇത് പ്രകൃതേരന്യഥാഭാവോന കഥഞ്ചിത് ഭവിഷ്യതി എന്നാണ് പ്രകൃതിയെ മാറ്റിമറിക്കാൻ സാധ്യമല്ല അപ്പൊ ഈ ശരീരത്തിനെ വെച്ചുകൊണ്ട് എങ്ങനെ ശരീരമാണ് ഞാൻ എങ്കിൽ ദുഃഖം മാറിക്കിട്ടേയില്ല ഒരിക്കലും മാറിക്കിട്ടില്ല ശരീരം മാത്രമാണ് എന്റെ സ്വഭാവമെങ്കിൽ ശരീരം മാത്രമാണ് ഞാനെങ്കിൽ ശരീരത്തിന്റെ തലത്തിൽ ആർക്കും ശാശ്വതമായി ഇവിടെ ജീവിക്കാനും പറ്റില്ല ശാശ്വതമായി ആരോഗ്യമായിട്ടിരിക്കാനും പറ്റില്ല ഇപ്പൊ വിരൂപനായിട്ടാണ് ജനിച്ചതെന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ശരീരം മാത്രമാണ് ഞാനെങ്കിൽ വിരൂപമായിട്ടാണ് ജനിച്ചതെന്ന് വെച്ചാൽ എന്തു ചെയ്യാൻ പറ്റും മാറ്റിമറിക്കാൻ പറ്റും എൻ്റെയോ പ്ലാസ്റ്റിക് സർജറി അതൊക്കെ അതൊക്കെ തന്നെ ഏച്ചുകൂട്ടിയാൽ മഴച്ചു നിൽക്കുന്നു പറയണ പോലെ വൃത്തികേടായിരിക്കും അതിനെത്ര മെനക്കെടണം എത്ര കഷ്ടപ്പെടണം അപ്പൊ ശരീരവും ഞാനല്ല ശരീരത്തിൽ ഏത് അംഗങ്ങളെ വെട്ടിമാറ്റിയാലും ഞാനില്ലാതാവണില്ല എത്ര ഞാനിപ്പോ ഒരു തീർത്ഥയാത്രയ്ക്കിടയിൽ ഒരു സന്യാസിയെ കണ്ടു അദ്ദേഹത്തിന് രണ്ട് കയ്യുമില്ല രണ്ട് കാലുമില്ല ഈ ഭാഗവും തലയും മാത്രമേ ഉള്ളൂ തലയുമുണ്ട് ഈ ഭാഗവുമുണ്ട് ഇടുപ്പിന് ചോട്ടല് ഈ തൊഴയെന്ന് ചോട്ടലേക്ക് ഒന്നുമില്ല കൈ തോളിൽ നിന്ന് ഇവിടുന്ന് രണ്ടും കയ്യുമില്ല രണ്ടും എന്തോ വ്യാധിയോ എങ്ങനെയോ പോയതാണ് അദ്ദേഹത്തിനടുത്ത് ചോദിച്ചു ബാബാജി എങ്ങനെ ഇരിക്കുന്നു സന്തോഷം ഇവിടെ നമുക്ക് ഭാഗവതത്തില് മുചുകുന്ദൻ പറയുകയാണേ കഥഞ്ചിത് അവ്യംഗമയത്ന ഈ ശരീരം യാതോരംഗത്തിന് കേടുപാടില്ലാതെ ആരോഗ്യമായി കിട്ടിയിട്ട് നല്ല ബംഗളാവിൽ ഇരുന്ന് മൂന്ന് നേരവും തിന്നുകൊഴുത്തിട്ട് എ സി മുറിയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക എന്താന്ന് വെച്ചാ പോരാ പോരാ പോരാ തൃപ്തിയില്ല ആശിക്കുന്നതൊന്നും കിട്ടണില്ല ദുഃഖം എല്ലാം അപ്പോ ശരീരത്തിന് നോക്കണം നമ്മൾ എന്തൊക്കെ അംഗങ്ങൾ വേണം ആ അംഗങ്ങൾ ഇല്ലാത്ത ഒരാളെ ഞാൻ പരമസന്തോഷമായിട്ട് കണ്ടു ഇവിടെ അംഗങ്ങളൊക്കെ ഉള്ള ആള് എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള ആള് അതിന്റെ നടുവിലിരുന്ന് എത്ര പേരെ വേണമെങ്കിൽ കാണിച്ചു തരാം തൃപ്തിയില്ലാത്തവരും അപ്പോ ശരീരം നല്ലവണ്ണം ഉണ്ടെങ്കിൽ ന തൃപ്തിയായിരിക്കേണ്ടതാണ് എത്ര സുന്ദര മനുഷ്യരാണ് ഓരോരുത്തരും അംഗത്തിനൊരു കേടുവില്ലാത്ത സൗന്ദര്യമുള്ള ആളുകള് മനസ് വൃത്തികേട് അതുകൊണ്ട് യാതൊരു സമാധാനമില്ല അപ്പൊ ശരീരത്തിന്റെ പെർഫെക്ഷൻ കൊണ്ട് ഇവിടെ ശാന്തിയോ സുഖമോ ഒന്നും സാധ്യമല്ല അപ്പൊ ശരീരമല്ല ശരീരത്തിൽ കയ്യും കാലും ഒക്കെ പോയതുകൊണ്ടൊന്നും ഞാൻ എന്നുള്ള ഉണർവിനെ സ്പർശമേ ഏൽക്കണില്ല കൈ ആളുടെ ഉറക്കത്തിൽ അൽപ്പം പോകുമോ കാലും കയ്യും ഇല്ലാത്തതുകൊണ്ട് അയാൾക്ക് ഉറക്കം കുറയുകയോ വിശപ്പ് കുറയുകയോ ഒന്നും ചെയ്യണില്ല ഇതൊക്കെ വെറും അംഗങ്ങൾ ശരീരത്തിൽ കൈകാലു പോയതുകൊണ്ട് ഞാൻ എന്നുള്ള ഉണർവ് വിച്ഛേദിക്കപ്പെടുന്നുണ്ടോ ഈ ഒരു കാര്യം മാത്രമാണ് ഇപ്പൊ വിശ്വരൂപമൊന്നും വേണ്ടി വെക്കാര്യം അറിഞ്ഞാൽ മതി ആകൊക്കെ കൺഫ്യൂഷനാണ് ഇതാണ് അറിയേണ്ട വസ്തു കയ്യും കാലും വെട്ടിയെടുത്താൽ ഒന്ന് ആലോചിച്ചു നോക്കാം കൈയും കാലും ഇല്ലാത്ത ആൾക്ക് ഞാൻ എന്നുള്ളത് ഇല്ല എന്ന് തോന്നുന്നുണ്ടോ അവരും പറയണു ഞാൻ അതേപോലെ തന്നെ ഇരിക്കുന്നു പൂർണ്ണമായിട്ട് ചിലപ്പോൾ കയ്യും കാലം ഇല്ല എന്നുള്ള ഒരു അനുഭവമേ ഉണ്ടാവില്ല വേണമെങ്കിൽ ഉപയോഗിക്കുമ്പോ അതിന്റെ വിഷമം അറിവായിരിക്കും അല്ലെങ്കിൽ അത് ഇല്ല എന്ന് പോലും അറിയില്ല അപ്പൊ കയ്യും കാലും ഞാനല്ല തലയും ഞാനല്ല മനസ്ഹൃദയവും ഞാനല്ല അതാണ് രസം കുറച്ചൊരു സംശയം ആർക്കും വന്നു അതിൻ്റെ ഇടയിൽ ഹാർട്ടായിരിക്കുമോ എന്നാണ് ആത്മ ഹാർട്ട് കാർഡിയാക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഹാർട്ടിനെ നിർത്തുകയാണ് നിർത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഇളക്കി വിടുമ്പോ അത് വീണ്ടും വർക്ക് ചെയ്ത് തുടങ്ങും അപ്പൊ ഞാൻ ഇല്ലാതായിട്ട് പിന്നെ ഉണ്ടാവുകയാണോ ഒന്നുമില്ല അവരോട് ചോദിച്ചാൽ ഒന്ന് ഉറങ്ങിയ പോലെ ഉണ്ടായിരുന്നു എന്ന് പറയണം കാരണയൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞാല് അപ്പോ ഹൃദയത്തിന്റെ പ്രവർത്തനം കൊണ്ടൊന്നുമല്ല മനുഷ്യൻ ജീവിക്കുന്നത് ജീവചേതന അവിടെ ഉള്ളത് കൊണ്ട് ഹൃദയം പ്രവർത്തിക്കണോ അത്രേ ഉള്ളൂ ഹൃദയം പ്രവർത്തിക്കണത് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചു എന്നാണ് ഇതിനേക്കാളും വലിയ പെട്ടൊന്നുമില്ല മരിച്ചപ്പോ ഹാർട്ട് അങ്ങോട്ട് അത്ര തന്നെ അതിനൊരു പേര് പറഞ്ഞു നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് അത്രയേ ഉള്ളൂ അല്ലാതെ ഹൃദയത്തിന്റെ പ്രവർത്തനം കൊണ്ടോ ഒന്നുമല്ല സമാധിയിൽ ഹൃദയം നിൽക്കും രാമകൃഷ്ണ പരമവംസരെ പരീക്ഷിച്ചിട്ട് ആ ഡോക്ടർ സർക്കാർ കൽക്കട്ടയിൽ വലിയ ഡോക്ടറാണ് ആ മഹേന്ദ്രനാഥ് സർക്കാർ രാമകൃഷ്ണ പരമവംസരെ പരീക്ഷിച്ച് അന്ധം വിട്ടു നിന്നിട്ടുണ്ട് അദ്ദേഹം കാരണം നാടി പിടിച്ചു നോക്കുമ്പോ നാടിയടിക്കണമിടിക്കുന്നില്ല ശ്വാസോച്ഛ്വാസമില്ല ഹൃദയത്തിൽ തൊട്ടു നോക്കുമ്പോ ഹൃദയം പ്രവർത്തിക്കണമില്ല ഒക്കെ നിലച്ചു ശരീരം ജഡം പക്ഷേ മുഖം അങ്ങനെ ജ്വലിച്ചു നിക്കണു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോ വീണ്ടു ഉണരണം സയൻസിന് ഉത്തരം പറയാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ ഈ ജഡത്തിനെ തന്നെ വെച്ചുകൊണ്ടിപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുക നമ്മളെ അപ്പൊ ഈ ജഡശരീരം ഞാനല്ല ഈ ജഡശരീരവുമായിട്ട് എനിക്കുള്ള ബന്ധം കേവലം ഒരു വീട്ടിൽ ഇരിക്കുന്ന പോലെ തന്നെ വീട്ടിൽ ഒരാൾ ഇരിക്കുന്ന പോലെ ശരീരത്തിന്റെ ഉള്ളിൽ ഇരിക്കണം ഈ ശരീരത്തിനെ വെച്ചുകൊണ്ട് വ്യവഹരിക്കണം അത്ര തന്നെ അപ്പൊ ഈ ജഡശരീരം ഞാനല്ല പിന്നെ ജഡശരീരമല്ലെങ്കിൽ പിന്നെ അതിനകത്തൊരു പ്രാണ ഉണ്ടല്ലോ അതാണോ മൂച്ച് ശ്വാസോച്ഛ്വാസം അതാണോ അതുമല്ല കാരണം അത് ഉള്ളിലേക്ക് പോകുമ്പോൾ ഞാൻ പോകണതായിട്ടും അത് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ഇല്ലാതാവണതായിട്ടൊന്നും തോന്നുന്നില്ല ശ്വാസം അടക്കി പിടിച്ചാലും ഞാനുണ്ട് ശ്വാസവുമല്ല ഞാനുള്ളതുകൊണ്ട് ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്നു കേനേഷിത പദതി പ്രേഷിതം മനഹ കേന പ്രാണപ്രഥമ പ്രീതിയുക്ത അവനുള്ളതുകൊണ്ടാണോ പ്രാണൻ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ പോണത് പിന്നെ മനസ്സാണോ മനസ്സല്ലേ അല്ല കാരണം മനസ്സെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനാകട്ടെ ആ ചലനങ്ങളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ മനസ്സ് ഞാനല്ല ഈ ചലിക്കണ മനസ്സ് ഞാനല്ല പിന്നെ ബുദ്ധി ഞാനാണോ ബുദ്ധി ഞാനല്ല കാരണം സുഷുപ്തിയിൽ സുഖമായിട്ട് ഉറങ്ങുമ്പോ ഈ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല അപ്പോഴും ഞാനുണ്ട് ഉറക്കത്തിൽ ഞാൻ ഇല്ലാതാവണില്ലല്ലോ മരിക്കണമൊന്നുമില്ലല്ലോ ഉണ്ടല്ലോ അപ്പോഴും ഞാനുണ്ട് പക്ഷെ ബുദ്ധിയില്ല അപ്പൊ ഈ ബുദ്ധിയും ഞാനല്ല മാത്രമല്ല ബുദ്ധി ഒരു കാലത്ത് ജനിച്ച് വളർന്നതാണ് ഞാൻ അങ്ങനെയല്ല എപ്പോഴും ഒരേ ആളായിട്ടുണ്ട് കുട്ടികളിൽ ബുദ്ധി പരിണമിക്കണില്ല വികസിച്ചിട്ടില്ല ആ ബുദ്ധി പതുക്കെ വികസിച്ചു വരുന്നു ഒരു പത്ത് അറുപത് വയസ്സ് കഴിയുമ്പോൾ ആളുകൾ ചിലപ്പോ ഒന്നും ഓർമ്മയില്ലാതാവുന്നു പത്ത് അറുപത്തഞ്ച് ചിലർക്ക് അമനീഷ്യ വരുന്നു എത്ര മക്കളെന്ന് ചോദിച്ചാൽ എട്ട് മക്കളുള്ള ആൾക്ക് രണ്ടു പേരുടെ പേര് പോലും ഓർമ്മയില്ല ആയിരത്തി രണ്ടായിരത്തി മൂന്നില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലത്തെ വർത്തമാനം ഒക്കെ പറയുന്നു എന്ത് പറ്റിയെന്ന് വെച്ചാൽ നടുവിലത്തെ കാലം ഒക്കെ പോയി അത്ര ബ്രെയിൻ എന്ന് അമ്നീഷ്യ എന്നൊരു വ്യാധി അപ്പൊ ഈ കാലം എന്ന് പറയുന്നത് ഒരു വ്യാധി പിടിച്ചാൽ പോണൂന്ന് അർത്ഥം അത്രയുള്ളൂ ഈ ലോകത്തിന്റെ ഉണ്മ അപ്പൊ ഈ ബുദ്ധിയും ഞാനല്ല അപ്പൊ ഈ ശരീരത്തിൽ ഇതൊന്നും ഞാനല്ല മനസ്സ് ഞാനല്ല ബുദ്ധി ഞാനല്ലെങ്കിൽ ഈ ഞാൻ വെച്ചാ ആരാ ഉത്തരം പറഞ്ഞു കളയരുത് ചോദിക്കണം ഉത്തരം പറഞ്ഞാൽ പറയണ ഉത്തരമൊക്കെ കള്ളം ചോദിക്കണം അതാണ് ധ്യാനമേ അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പിടിച്ചു വെച്ച് ധ്യാനിച്ചിട്ട് കാര്യമില്ല ബാക്കി ധ്യാനമൊക്കെ ഇവിടെ കൊണ്ടുവരണം ഈ ചോദ്യത്തിലേക്ക് കൊണ്ടുവരണം ബാക്കി ധ്യാനമൊക്കെ ചെയ്ത് മനസ്സ് ശുദ്ധമാവുമ്പോ അവസാനം നമ്മൾ ചോദിക്കും ഇത്ര ധ്യാനിച്ച ഞാൻ ആരാണെന്ന് ചോദിക്കും ഇത്രയും കാലം എന്തിനെയൊക്കെയോ ധ്യാനിച്ചുവല്ലോ ഈ ധ്യാനിച്ച ഞാൻ ആരാണ് ഈ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്തോന്നുള്ളിൽ എങ്ങനെ സ്ഫുരിക്കണുണ്ടല്ലോ അതിനെങ്ങനെ പതുക്കെ ശ്രദ്ധിക്കാൻ ഒരു അഭിനിവേശം തോന്നിത്തുടങ്ങും അത്ഭുതപ്പെട്ടു തുടങ്ങും നമ്മൾ നമ്മളെ തന്നെ കണ്ട് അത്ഭുതപ്പെട്ടു തുടങ്ങും നമ്മളിൽ തന്നെ ഉള്ള വ്യക്തിത്വത്തിനെ കണ്ട് അത്ഭുതപ്പെട്ടു തുടങ്ങും അതിനെ ഇങ്ങനെ പതുക്കെ ഇളക്കിത്തുടങ്ങും അതെന്താണ് എന്താണ് അതിന്റെ സ്വരൂപം അല്ല നേരം പോക്ക് പോലെ ചെയ്താൽ മതി പ്രത്യേകിച്ച് മെനക്കെടമൊന്നും വേണ്ട വെറുതെ ഇരിക്കുമ്പോ ബസ്സിൽ പോകുമ്പോ നടക്കുമ്പോ ഒക്കെ ഒന്ന് ഉള്ളിൽ ചോദിച്ചു നോക്ക് ഞാൻ ആരാണ് ഞാൻ പറയുന്നത് എന്താണ് ഞാൻ ഞാൻ ഞാൻ എപ്പോഴും പറയണ്ടല്ലോ ഇതിനെനിക്ക് അറിഞ്ഞില്ലല്ലോ ഇതിനെ അറിയണം എന്ന് ഉള്ളിൽ സ്ഫുരിക്കുന്ന ആ സ്ഫുരണ എവിടുന്ന് പൊന്ണു ഉള്ളിലെ ശരീരത്തിന്റെ ഉള്ളില് എന്തോ വ്യക്തിത്വം തോന്നണല്ലോ ആ വ്യക്തി ആരാണ് ഈ വ്യക്തിയുടെ സ്വഭാവം എന്താണ് സ്വരൂപം എന്താണ് ഇങ്ങനെ പതുക്കെ വിചാരം ചെയ്ത് ഇനി വിചാരം ചെയ്യാൻ വിഷമമാണെങ്കിൽ അതിന്റെ കൂടെ അല്പം ജപിച്ചോളാം ഈ വിചാരം ചെയ്യുമ്പോ തന്നെ നമശ്യവായ നമശ്യവായ ജപിച്ചോളാം ജപം ചെയ്യുന്നതോടൊപ്പം ജപത്തിനോടൊപ്പം ഇടയ്ക്കിടയ്ക്കൊന്ന് ചോദിക്കുക ഈ ജപിക്കണ ഞാൻ ആരാണ് ഈ ജപം ചെയ്യണ ഞാൻ ആരാണ് ഞാൻ ആരാണ് ഞാൻ എന്താണ് ഇവിടെ വരാതെ രക്ഷയേ ഇല്ല രാണ് എന്നുള്ള ചോദ്യ ഉള്ളിൽ ഉദിക്കുന്നിടത്തോളം കാലം ആത്യന്തികമായ ശാന്തി കിട്ടുകയില്ല മുപ്പത്തിമുക്കോടി ദേവതകളെ ഭജിച്ചാലും കിട്ടില്ല ആചാര്യസ്വാമികൾ പറയണത് തന്നെ താൻ അറിഞ്ഞാൽ സ്വരാജ്യ സാമ്രാജ്യയെ അഭിഷിക്ത സമ്രാട്ട് കഞ്ചന നമിത്തുമതി പിന്നെ ഒരിടത്തും തലകുനിക്കലില്ല എന്നാണ് വസ്തു പിടികിട്ടിക്കഴിഞ്ഞാൽ സ്വരാജ്യ സാമ്രാജ്യത്തിൽ അഭിഷിക്തനായവന് അഹങ്കാര നിശേഷം പോയി സർവത്ര തന്നെ തന്നെ കാണുന്നു തന്റെ ഉള്ളിലുള്ള വസ്തുവിനെ കിട്ടിക്കഴിഞ്ഞാൽ കാണുന്നതൊക്കെ അത് പിന്നെ അത് തന്നെ ഉള്ളിൽ ഈ ഞാൻ ആരാണ് എന്ന് കണ്ടെത്തിയാൽ ആത്മാവിനെ കണ്ടെത്തിയാൽ എല്ലാ ശരീരത്തിന്റെ ഉള്ളിലും ആ ആത്മാ തന്നെ ഉണ്ട് ത്മാവല്ലാതെ ഒന്നുമില്ല എല്ലാ ശരീരത്തിലും സർവത്ര ഒരേ ആത്മവസ്തു പ്രകാശിക്കുന്നതായിട്ട് കാണും എല്ലാ ശരീരത്തിലും വെച്ചാൽ സകല പദാർത്ഥങ്ങളിൽ ശരീര മനുഷ്യ ശരീരത്തിനു മാത്രമല്ല പക്ഷിമൃഗാദികളിലും വൃക്ഷങ്ങളിലും സൂര്യചന്ദ്രനിലും ആകാശത്തിലും അങ്ങനെ കാണുമ്പോൾ അത് യഥാർത്ഥ വിശ്വരൂപദർശനം അതാണ് യഥാർത്ഥ വിശ്വരൂപദർശനം ശരിക്കുള്ള വിശ്വരൂപദർശനം എന്ന് വെച്ചാൽ സർവം ഖൽവിധം ബ്രഹ്മം കാണുന്നതൊക്കെ ആത്മാവാണ് ആത്മാവല്ലാതെ ഒന്നുമില്ല ഇതം ക്ഷത്രം ഇതം ബ്രഹ്മ സർവം യഥയമാത്മാ ഈ കാണുന്നതൊക്കെ തന്നെ യഥയമാത്മ ഇതൊക്കെ ആത്മാവാണ് ആത്മാവല്ലാതെ ഒന്നുമില്ല ഇത് കണ്ടെത്തിയാൽ പരിപൂർണ്ണ തൃപ്തി പരിപൂർണ ശാന്തി ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും അതോടെ പരിഹരിക്കപ്പെട്ടു സുഖം പക്ഷേ ഇതിനൊരു ജീവനെ പുരോഗമിപ്പിക്കണമെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞത് പലർക്കും ചിലപ്പോൾ പിടികിട്ടില്ല ഞാൻ ആരാന്നുള്ള വിചാരം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അത് പറയാ ചെയ്യാൻ എന്താ ടെക്നീക്ക് എന്നാണ് ചോദിക്കണം ടെക്നിക്ക് ഇതാണ് ഇവിടെ തന്നെ ഉള്ളിൽ ചോദിക്കാം ഞാൻ എന്നുള്ളത് എന്ന് വിശകലനം ചെയ്ത് നോക്കാം ചിലപ്പോഴൊക്കെ ചിലരൊക്കെ അത് മെഡിറ്റേഷൻ പോലെ കുറച്ചു നേരം ഇരിക്കും ഉറങ്ങിപ്പോകും എന്താണെന്ന് വെച്ചാൽ ആ ചോദ്യമേ പിടികിട്ടാതെ ഉറങ്ങിപ്പോകും മനസ്സിനെയും മറ്റു വിചാരങ്ങളെന്നൊക്കെ പിൻവലിച്ച് ഉള്ളിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇതിന് സാധിച്ചില്ലെങ്കിൽ ഉറങ്ങിപ്പോകും തമോ ഗുണം അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഒരു വഴിയേ ഉള്ളൂ ഭഗവാന്റെ ഏതെങ്കിലും ദിവ്യരൂപത്തിനെ പുറമേക്ക് ആരാധിച്ചു തുടങ്ങും മനസ്സേകാഗ്രപ്പെടേ എല്ലാവരും ബ്രഹ്മജ്ഞാനത്തിന് അധികാരികളല്ല ചിലർക്കൊക്കെ അപ്പോ സത്വഗുണം തെളിയാൻ ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ഉപദേശിച്ച് ആരാധിക്കാൻ ആരാധിച്ച് ഏകാഗ്രപ്പെടുമ്പോ തനിയെ ഈ ആത്മവിചാരത്തിലേക്ക് വരും ഭഗവാനെ അറിയാം ഈ ജീവൻ സിൻസിയറാണെങ്കിൽ ഈ ജീവനെ ഈ മാർഗത്തിൽ കൊണ്ടുവരും ഇപ്പൊ അർജുനന് അറിയേണ്ടതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു ബോധിപ്പിച്ചു കഴിഞ്ഞു തത്വോപദേശം കഴിഞ്ഞു പത്താം അധ്യായത്തോടെ അവസാനമല്ല പത്താം അധ്യായത്തിൽ തന്നെ പറഞ്ഞു എനിക്ക് അറിയേണ്ടതൊക്കെ അറിഞ്ഞു എന്നാണ് എന്റെ മോഹമൊക്കെ പോയി എന്ന് പറഞ്ഞു അർജുനൻ പക്ഷെ ഭഗവാനോട് പിന്നെയും ചോദിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ ഒന്നുകൂടെ ഉറപ്പാക്കാനായിട്ട് സർവവും ആത്മാവാണ് ബ്രഹ്മമാണെന്ന് അറിയാം ഞാൻ എന്നുള്ളത് എന്താണെന്ന് വിചാരം ചെയ്ത് നോക്കി ഞാൻ എന്നുള്ളത് ഇല്ല അഖണ്ഡമായ ഒരു ബോധം മാത്രമേ ഉള്ളൂ എന്നും അറിയാം ഒന്നുകൂടെ ഉറപ്പിക്കാൻ നമുക്കൊക്കെ ഇപ്പോ വിചാരം കൊണ്ടൊക്കെ അറിഞ്ഞാലും നല്ലവണ്ണം ഉറപ്പിക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ജീവിതത്തിൽ കുറെ വിഷമങ്ങൾ വരുമ്പോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ മനസ്സിലാവോ നമ്മൾ പിടിച്ചിട്ടൊന്നും കിട്ടണില്ല അപ്പോഴാണോ ഒക്കെ ഗുരുവായൂരപ്പൻ ചെയ്യണമെന്നൊക്കെ പറയുക അതിനു മുമ്പൊന്നും ഗുരുവായൂരപ്പന് ക്രെഡിറ്റ് കൊടുക്കില്ല കുറെ വിഷമങ്ങൾ വരുമ്പോ ഒരു വിധത്തിലും പിടിച്ചിട്ട് കിട്ടിയില്ല എന്ന് കണ്ടാൽ അപ്പൊ പറയും ഗുരുവായൂരപ്പൻ ചെയ്യണമെന്ന് പറയും അപ്പോഴേ തോന്നുള്ളൂ അപ്പോ ഇപ്പൊ ഗുരുവായൂരപ്പൻ അർജുനന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ സകലതും താൻ ചെയ്യണത് ഒരു ദർശനമായി കാണിച്ചു കൊടുത്തു പ്രപഞ്ചത്തിലെല്ലാം ഭഗവാന്റെ ശക്തി ആയാശക്തി നടത്തുന്നത് അതാണ് ഐശ്വരം രൂപം എന്ന് പറഞ്ഞത് കാണിച്ചു കൊടുത്തു അർജുനന് എന്തൊക്കെ കാണാൻ ഇച്ഛയുണ്ടോ അർജുനന്റെ വാസന തന്നെയാണ് പുറമേക്ക് പ്രൊജക്ടഡായി ഈ വിശ്വരൂപ രൂപത്തിൽ നിൽക്കണത് ഈശ്വരന്റെ ശക്തിയെ അർജുനൻ തന്റെ വാസനാബലത്തോടുകൂടെ കാണുന്നു അങ്ങനെ കാണുമ്പോ തന്റെ ഉള്ളിൽ ആരെയൊക്കെ ചിന്തിക്കണോ അവരൊക്കെ ഭഗവാനിൽ കാണുന്നുണ്ട് അതാണ് അർജുനൻ ഇവിടെ പറയണത് പശ്യാമി ദേവാൻ സ്തവദേവദേഹേ സർവാൻ സ്ഥതാഭൂതവിശേഷസംഘാൻ ബ്രഹ്മാണമീഷം കമലാസനസ്ഥം ഋഷീംശ സർവാൻ ഉരഗാംശ ദിവ്യൻ ഹേ ഭഗവാനേ ഈ സ്ത്രോത്രം ഞാൻ ആദ്യം മുഴുവൻ ചൊല്ലാം എന്നിട്ട് ഏകദേശ അർത്ഥം പറയാം പശ്യമിദേവാൻ സ്തവദേവദേഹേ സർവാൻസ്ത ഭൂതവിശേഷസാ ബ്രഹ്മാണമീശം കമലസനസ് ഋഷീംശ സർവാൻ ഉരാംശ ദിവ്യൻ അനേകാഹൂദരവക് പശ്യമി നന്തൂപാദി പശ്യമി വിര വിശ്വ കിരീടനം ഗതിനം ചക്ണ തേജോരാശി ദീപ്തിമന്ത പശ്യമി റം ദുർക്ഷ്യ സമന് ദീപ്തലാർക്കുതിമേയ ത്മക്ഷരം പരമം വേദവ്യം നിധാനം വേ മ്യയശാശ്വതധർമ്മഗുപ്ത സനതസ്വം പുരുഷോമോ മേ അനദിമധ്യമനന്തീര്യം അനന്തബാഹു ശശി സൂര്യനേത്രം പശ്യമി റും ദീപ്തുതവക് സ്വേജസ വിശ്വമിദം തപ്പം ദൃഥി വ്യോരിതമന്തരം ഹി വ്യപ്തം ത്വൈക്കുന്നിശ് സർവാ ദൃഷ്ടഭുതഗ്രം തേദം ലോക പ്രവ്യഥം മഹാത്മൻ അമീഹിത് സുരസംഗാ വിശത്തി കെചിഭീറ്റാഞ്ഞ്ജലയോ ഗൃണാന് സ്വസ്ുക്ഹർഷി സിദ്ധസാ സ്തുവന്തി പുഷ്കലാഭവവ ദേവന്മാരെയൊക്കെ ഭഗവാനെ അവിടുത്തെ ഈ ദിവ്യ ശരീരത്തിൽ ഞാൻ കാണുന്നു സകലഭൂതങ്ങളെയും കാണുന്നു ബ്രഹ്മാവ് സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ കാണുന്നു ഇതൊന്നും വെറും വർണ്ണനയല്ല പ്രപഞ്ചത്തിന്റെ ഓരോ എലമെന്റ്സിനും ദേവതകളാണ് ഈ ദേവതകളെയൊക്കെ അർജുനൻ യോഗദർശനം കൊണ്ട് മുമ്പിൽ കാണുകയാണ് കമലാസനസ്ഥനായ ബ്രഹ്മാവിനെ കാണുന്നു അനേകം ഋഷികളെ കാണുന്നു പാമ്പുകളെ കാണുന്നു ഉരകാംശ ദിവ്യാൻ അനേക ബാഹൂതര വക്ത്രനേത്രം സർവത്ര നോക്കിയാൽ ഭഗവാന്റെ കയും കാലുകളും കാണുന്നു അതിലൊരാദിയുമില്ല അന്തവുമില്ല സർവത്ര നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നു കിരീടവും ഗതയും ശംഖം ചക്രവുമായിട്ട് നിൽക്കുന്നതും ജ്വലിച്ചു നിൽക്കുന്നതുമായിട്ടുള്ള ഭഗവാന്റെ രൂപം കാണുന്നു കാണാൻ വയ്യ ദീപ്ത അനല അർക്കുതി അപ്രമേയം അളക്കാൻ വയ്യാത്ത തേജസ്സോടുകൂടെ അഗ്നി പോലെയോ സൂര്യനെ പോലെയോ പ്രകാശിച്ചു നിൽക്കുന്നു ഇതൊക്കെ തന്നെ പരിപൂർണമായ ആത്മജ്ഞാനത്തിനു മുമ്പുള്ള ദർശനമാണ് ഈ ദർശനമൊന്നും ജ്ഞാനാവസ്ഥയിലില്ല ജ്ഞാനത്തിനു മുമ്പാണ് പ്രപഞ്ചത്തിനെ കാണുമ്പോ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ സ്വരൂപമായിട്ട് കാണപ്പെടുകയാണ് അവിടെയാണ് അർജുനൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് വാസ്തവത്തിൽ ഭഗവാനെ അവിടുന്ന് ആരാണ് എന്ന് വെച്ചാൽ ത്വം അക്ഷരം പരമം വേദിതവ്യം ഇത് കണ്ടാൽ ജ്ഞാനമില്ലെങ്കിൽ പേടിച്ചു പോകും അതുകൊണ്ട് അർജുനൻ പറയാണ് ത്വം അക്ഷരം ഭഗവാനെ അവിടുന്ന് അക്ഷരനാണ് അക്ഷരം വെച്ചാൽ നശിക്കാത്തതെന്ന ശാശ്വതമായ വസ്തു ത്വമ്യ വിശ്വസ്യ പരം നിധാനം ഈ കാണുന്ന പ്രപഞ്ചത്തിന് അധിഷ്ഠാനമായ വസ്തുവാണ് ത്വ്യയ ശാശ്വതധർമ്മഗോപ്ത ശാശ്വതമായ ധർമ്മത്തിന്റെ രക്ഷകനാണ് അവിടുന്ന് ധർമ്മഗോപ്താവാണ് സനാതനസ്വം പുരുഷോ മതോ മേ ഒരിക്കലും നശിക്കാതെ ശാശ്വതവസ്തു അനാദിമന്തം അനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ശവക്രം ദീപ്താശവക്ത്രം സ്വതേജസാ വിശ്വമിതം തപന്തംവ്യോ ഇതമന്തരം ഹീ വ്യാപ്തം ത്വയൈകേണ ദിശ്ച സർവാ എങ്ങട് നോക്കിയാലും ഭഗവാൻ വ്യാപിച്ചു നിൽക്കാം ഭഗവാന്റെ വെളിച്ചം പ്രകാശം എങ്ങും വ്യാപിച്ചു നിൽക്കാണ് ഊപമുഗ്രം തവേദം ഉഗ്രമായ രൂപമാണ് അർജുനന് കണ്ടത് ശാന്തമായ കൃഷ്ണനല്ല കൃഷ്ണന് തന്നെ കൃഷ്ണൻ എന്ന് വെച്ചാൽ പരമാത്മാ പരമാത്മാവിന് തന്നെ സൃഷ്ടി ചെയ്യുമ്പോ ബ്രഹ്മ സ്ഥിതി ചെയ്യുമ്പോ വിഷ്ണു നശി എല്ലാം നശിപ്പിക്കുമ്പോ രുദ്രൻ സംഹാരം ചെയ്യുമ്പോ വാസ്തവത്തിൽ ഭഗവത്ഗീതയിൽ പതിനൊന്നാം അധ്യായത്തിലെ കൃഷ്ണൻ വിഷ്ണുവേ അല്ല രുദ്രനാണ് ശിവനാണ് കാഞ്ചി പരമാചാര്യർ അങ്ങനെ തന്നെ ഒരു പ്രസംഗം ചെയ്തിട്ടുണ്ട് ശിവനാണെന്ന് എന്താണെന്ന് വെച്ചാൽ പരമേശ്വരൻ ഈശ്വര സർവഭൂതാനം ഈശ്വരൻ എന്നുള്ള വാക്ക് തന്നെ സാധാരണ ശിവനെയാണോ കുറിക്കണത് പിന്നെ കാലൻ എന്ന് വിഷ്ണുവിന് ഒരിടത്തും പേരില്ല ഭഗവാനുടെ കാലോസ്മി എന്ന് പറയാൻ പോകും ലോകക്ഷയകൃത് പ്രവൃത്ത പക്ഷെ വിഷ്ണുവും ശിവനും ഒക്കെ ഒന്ന് തന്നെ ഒരേ പരമാത്മാവനെ ഭഗവാൻ വിഭൂതിയോഗത്തിൽ പറഞ്ഞു കാലകലയതാമഹം ആദിത്യാനാമഹം വിഷ്ണുഹു രുദ്രാണാം ശങ്കര നീലലോഹിത ശങ്കര ശങ്കര രുദ്രന്മാരിൽ ഞാൻ ശങ്കരനാണ് ആദിത്യന്മാരിൽ ഞാൻ വിഷ്ണുവാണ് എല്ലാരെയും ഗ്രസിക്കുന്നവരിൽ ഞാൻ കാലമാണ് പരമാത്മാവിന്റെ പല ഭാവങ്ങൾ ഇവിടെ രുദ്രഭാവമാണ് എല്ലാത്തിനെയും വിഴുങ്ങുന്നതായിട്ട് എല്ലാത്തിനെയും വിഴുങ്ങുന്നതായിട്ടുള്ള ഭാവമാണ് അതാണ് അർജുനൻ മുമ്പിൽ അർജുനനിപ്പോ എന്താ കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ചു നേരം മുമ്പ് ധൃതരാഷ്ട്രന്റെ നൂറു പുത്രന്മാരു മുമ്പിൽ നിൽക്കുന്നതായിട്ടും ഭീഷ്മരദ്രോണരൊക്കെ നിൽക്കുന്നതായിട്ടും ഒക്കെ കണ്ടു പക്ഷേ ഇപ്പൊ കാണുന്ന വിഷൻ ദർശനം എന്താന്ന് വെച്ചാൽ അമീഹിത്വാം സുരസംഘാ വിശന്തി കേജിദ് ഭീതാഹ പ്രാഞ്ജലയോ ഗൃഹന്തി ദേവന്മാരൊക്കെ ഭഗവാനിൽ പ്രവേശിക്കുന്നതായിട്ട് കണ്ടു ഋഷികളൊക്കെ ഭയന്നുകൊണ്ട് ചിലർ സ്തുതിക്കുന്നു ദേവന്മാരും ഋഷികളുമൊക്കെ പലവിധ സ്തുതികൾ കൊണ്ട് സ്തുതിക്കുന്നു രുദ്രന്മാര് ആദിത്യന്മാര് വസുക്കളും ഒക്കെ സ്തുതിച്ചു നിൽക്കുന്നു അനേക ദംഷ്ട്രകളോടും കരാളമായ ദംഷ്ട്രകളോടുകൂടെ ഭഗവാൻ ഇവിടെ നിൽക്കുന്നു നവസ്പൃശം ദീപ്തം അനേകവർണ്ണം വ്യാത്താനനം ദീപ്ത വിശാലനേത്രം ദൃഷ്ട്വാഹിത്വാം പ്രവ്യഥിതാന്തരാത്മാധൃതിംന വിന്ദാമി ശമം ച വിഷ്ണു ഹേ വിഷ്ണു എനിക്ക് ധൃതിയില്ല എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ ശക്തിയില്ല പേടിച്ചിരിക്കുക ജീവിതത്തിൽ വല്ലാത്തൊരു ദുഃഖം അനുഭവിച്ചാൽ തന്നെ ആളുകൾ പേടിച്ചിട്ട് വിൽ പവറൊക്കെ പോവും ഇപ്പോ ആ ദുഃഖം ഭയം ഒക്കെ അർജുനനിൽ വന്നു അർജുനന്റെ ഉള്ളിൽ എന്തൊക്കെ വാസനയുണ്ടോ ആ വാസനയൊക്കെ ഈ ദർശനങ്ങളിൽ പൊന്തി വരികയാണ് അർജുനും പറയുകയാണ് പ്രവ്യഥിതന്ത്രാത്മാ ഭഗവാനെ ഞാൻ പേടിച്ചിരിക്കുകയാണ് തന്റെ പേടിയെ മറ്റുള്ളവരിൽ ആരോപിച്ച് കാണുന്നു ഋഷികളും ദേവന്മാരും ഒക്കെ പേടിച്ചു നിൽക്കണമെന്നാണ് അർജുനന്റെ പേടി ഇവരിലൊക്കെ പ്രതിബിംബിച്ചിരിക്കുകയാണ് എന്നിട്ട് എന്താ കണ്ടതെന്ന് വെച്ചാൽ ദംഷ്ട്രാ കരാളാണിച്ചി നരസിംഹാവതാരം പോലെയാണവിടെ വലിയ ദംഷ്ട്രകളും കയ്യിൽ നഖവുമൊക്കെയായിട്ട് കാലാനലനെ പോലെയുള്ള മുഖം എനിക്ക് ദിക്കുകളൊന്നും കാണാൻ വയ്യ മനസ്സിന് സന്തോഷം തോന്നണില്ലയാണ് കൃഷ്ണനെ മുമ്പിൽ കണ്ടപ്പോ നല്ല സമാധാനമായിരുന്നു ഭയങ്കരമായ രൂപം കണ്ടപ്പോ സന്തോഷമൊക്കെ പോയി ധൃതി ലഭേച്ച ശർമ്മ പ്രസീത ദേവേശ ജഗന്നിവാസ ഭഗവാനെ ജഗന്നിവാസ എന്നോട് പ്രസീത എന്ന് വെച്ചാൽ ഈ ദർശനമാണ് ഭഗവാന്റെ ഒരു കൃപയാണ് ഈ ദർശനമേ ഭഗവാൻ പറയണത് അർജുന എപ്പോഴും സുഖമായിട്ട് സുന്ദരമായി അങ്ങനെ എന്നെ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാം സുഖം മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ദുഃഖം വരുമ്പോ സഹിക്കാൻ കഴിയില്ല വിവേകാനന്ദ സ്വാമികൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് കാളിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് കാളിയുടെ ഒരു ദർശനമുണ്ടായി അതിൽ അദ്ദേഹം കണ്ടത് കൽക്കട്ടയിൽ നടക്കുന്ന പ്ലേഗ് അനേക ആളുകൾ മരിക്കണു എത്രയോ ആക്സിഡന്റ്സ് ഭൂമികുലുക്കം ഇതൊക്കെ മുമ്പില് കാളിയുടെ രൂപമായിട്ട് അദ്ദേഹത്തിനും വിഷം ദർശനം എന്നിട്ട് അദ്ദേഹം പറയണത് ഇതൊക്കെ കാളിയാണ് നല്ലതുമാത്രം ദൈവം എന്ന് കണ്ട ആളുകൾക്ക് ഒരിക്കലും ദുഃഖത്തിനെ ജയിക്കാനേ സാധ്യമല്ല രണ്ടും ദൈവത്തിന്റെ രണ്ടു ഭാവമാണ് മുൻഭാഗവും പിൻഭാഗവും പോലെ നന്മ മുൻഭാഗമാണെങ്കിൽ തിന്മ പൃഷ്ഠമാണ് ലോകത്തിൽ അനേക ദുഃഖങ്ങളുണ്ടാവും അതും ഭഗവാൻ തന്നെയാണ് ദേവി മഹാത്മ്യത്തില് ഒരു ശ്ലോക ഒരു വാക്ക് ദേവി ചണ്ടമുണ്ടാസുരന്മാരെ വധിക്കുമ്പോ അവിടെ പറയണത് ദൃഷ്ട ചിത്തെ കൃപ സമരനിഷ്ഠുരതാറ്റൃഷ്ട േവദേവി ചിത്തെ കൃപ സമരനിഷ്ഠുരത പുറമേക്ക് നിഷ്ഠുരമായ ഭാവം എല്ലാത്തിനെയും ആക്രമിച്ച് തുടച്ചു നീക്കുന്ന ഭയങ്കരമായ ഭാവം പക്ഷെ ഉള്ളിലോ കൃപ അതുപോലെയാണ് ഈ പുറമേക്ക് നടക്കുന്ന അനേകം നമുക്ക് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ നിങ്ങളുടെ ഭഗവാൻ മഹാകരുണാമൂർത്തിയാണല്ലോ എന്നിട്ട് എന്തിന് ഈ ഗുജറാത്തിൽ ഇത്ര പേര് മരിച്ചു എന്ന് ചോദിച്ചാൽ എന്തു പറയും എന്തുത്തരം പറയും ഭക്തന്മാരെ കേൾക്കാൻ എനിക്ക് ഈയിടെ തോന്നി ആരോ പറഞ്ഞു ഹിന്ദുക്കൾക്ക് വളരെ നമ്മൾ ഇത്ര നല്ലതൊക്കെ ചെയ്തിട്ട് ഹിന്ദുമതം ഇങ്ങനെ ചുവട്ടിൽ പോയി അവസാന ഹിന്ദുക്കളെ ഇല്ലാതാവോ എന്നൊരു ഘട്ടം വരണ പോലെ ഒരു പേടി അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഹിന്ദുമതത്തിനെ നിലനിർത്താനൊക്കെ പരിശ്രമിക്കാം പക്ഷേ ആ കാലപുരുഷൻ ഹിന്ദുമതത്തിനെ ഇവിടുന്ന് തുടച്ചു നീക്കാനാണ് നിശ്ചയിച്ചിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ചുക്കും ചെയ്യാൻ പറ്റുക അപ്പൊ ആ കാലപുരുഷൻ എന്തിനാ അങ്ങനെ ചെയ്യണം ഹിന്ദുക്കളോട് ഭഗവാൻ ഇഷ്ടമില്ലെന്ന് ചോദിച്ചാൽ ചിലപ്പോ കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ വളരെ ശാന്തമായ ഒരു ജനത നന്മ മാത്രം ചിന്തിച്ചു വളർന്ന ഒരു ജനത ചിലപ്പോ ഇനി ഒരു പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ് വർഷം കഴിഞ്ഞാൽ ഇവിടെ മഹാദുഖം വരുമായിരിക്കും ഈ ഭൂമിയിൽ വെള്ളം കിട്ടാതെയും ഊണ് കിട്ടാതെയും വിഷമിച്ചും മഹാദുഖം അനുഭവിക്കേണ്ടി വരും അപ്പൊ ഈ ഹിന്ദുക്കൾ ഇനി ദുഃഖിക്കേണ്ടെന്ന് പറഞ്ഞ ഒരുപക്ഷെ ഹിന്ദുക്കളെയൊക്കെ ഇല്ലാതാക്കേണ്ടി വരും ആര് കണ്ടു ഭഗവാന്റെ ക്രൂരമായ ഭാവം മാത്രം നമ്മൾ കണ്ടാ പോരാ ക്രൂരതയ്ക്ക് പുറകിൽ പരമകൃപയാണ് ചില ക്രൂരതയ്ക്ക് പുറകിൽ പരമകൃപയായിരിക്കും നമുക്കറിയില്ല അതുകൊണ്ട് എപ്പോഴും ഭഗവാൻ എന്ത് ചെയ്താലും കൃപയാണ് ഒരു വശത്ത് ആക്രമിച്ചാലും കൃപയാണ് നശിപ്പിച്ചാലും കൃപയാണ് അനുഗ്രഹിച്ചാലും കൃപയാണ് ഇതൊക്കെ ഭഗവാന്റെ കൃപയാണ് अदूं पेड़े अमीहिवाम धृतराष्ट्रुत्र भगवा रूपं कर्जुन तेने पेड़ अर्जुन माणदा धृतराष्ट्रे पुत्रा सर्वे सहनिपाल संघ भीष्मो द्रोण सूतपुत्रस्थदा सौ सहास्मदीयर योध मुख्य വക്താണിത്തെ ത്വരമാണാവിശന്തി ദംഷ്ട്രാകരാളാനി ഭയാനകാതി കേച്ചിദ് വിലഗ്ന ദശനാന്തരേഷു സന്ദൃശ്യന്തി ചൂർണിതൈ ഉത്തമാംഗൈ അർജുനൻ പറയണത് തന്റെ മുമ്പിൽ കുറച്ചു മുമ്പ് കണ്ട ദരിദ്രാഷ്ട്രന്റെ പുത്രന്മാരായ ദുര്യോധനൻ ദുഃശാസനൻ മുതലായിട്ടുള്ളവരും ഭീഷ്മര മുതലായിട്ടുള്ളവരും ഭഗവാന്റെ ഭയങ്കരമായ വായുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതായിട്ടും ചിലരൊക്കെ പല്ലിന്റെ ഇടയിലൊക്കെ കുടുങ്ങി കടിച്ചു മുറിക്കപ്പെട്ട ശിരസോടുകൂടിയും നോക്കണം കണ്ട പേടികില് ഭീഷ്മ സർവേ സഹൈവ അവനിപാല സംഗി അതൊക്കെ രാജാക്കന്മാരുണ്ടോ അവരൊക്കെ തന്നെ ഭീഷ്മ ദ്രോണഹ സൂതപുത്ര സൂതപുത്ര എന്ന് വെച്ചാൽ കർണൻ ദ്രോണരും ഭീഷ്മരും എന്റെ ആളുകളും അവരുടെ ആളുകൾ മാത്രമല്ല തന്റെ സംഘത്തിലുള്ള പലരും അതാണ് ഇതൊക്കെ അർജുനന് മുൻകൂട്ടി കാണിച്ചു കൊടുത്തു അർജുന ഇവിടെ താൻ വെറും നിമിത്തം എന്ന് ഭഗവാൻ ഇനി പറയാൻ പോകണം ഇവരെയൊക്കെ കൊന്നു കഴിഞ്ഞു എന്നുള്ളത് അതായത് ഇപ്പൊ ടി വിയിൽ വരാൻ പോണ ഭാഗമൊക്കെ മുൻകൂട്ടി ഒന്ന് റിവൈൻഡ് ഫോർവേഡ് ചെയ്ത് കാണിച്ച എങ്ങനെയുണ്ടാവും വരാൻ പോണ പല കാര്യങ്ങളെ ഫോർവേഡ് ചെയ്ത് ഒന്ന് കാണിച്ചു കൊടുക്ക അതുപോലെ അർജുനന്റെ മുമ്പിൽ നോക്കണം നമുക്ക് നമ്മളൊക്കെ ജീവിതത്തിൽ ശാശ്വ വർത്തമാനത്തിനെ മാത്രം കാണുന്നതുകൊണ്ട് ലൗകികമേ സത്യം എന്ന് പറഞ്ഞിരിക്കുന്നു വരാൻ പോണതൊക്കെ കണ്ട ഭയന്നുകളെയും വർത്തമാനം മാത്രം കാണുന്നുകൊണ്ടേ തുഞ്ചത്താചാര്യം പറയണ പോലെ പാമ്പിന്റെ വായിലൊരു തവള ഇരിക്കണോ അത്രയും പാമ്പ് വായ അടക്കിയേ വേണ്ടു അതിന്റെ വായിലിരിക്കണ തവള മുമ്പ് പോണ ഒരു പാറ്റയെ പിടിക്കാനായിട്ട് ചാടണമെന്നാണ് വായതറക്കണോ അത്ര ഈ പാമ്പ് വായ അടച്ചാൽ പോയി അതുപോലെ പാമ്പിന്റെ വായിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത് എപ്പോ വേണമെങ്കിൽ ജീവിതം അവസാനിക്കാം എപ്പോ വേണമെങ്കിൽ എന്തൊക്കെ എന്തു വേണമെങ്കിലും വരാം അല്ലെ മറ്റുള്ളവർക്ക് വലതും വരുമ്പോ നമ്മൾ പറയും അവൻ അങ്ങനെ തന്നെ വേണം ഞാൻ അപ്പോഴേ വിചാരിച്ചതാണ് ഒരുപാട് കാണിച്ചു ഒന്ന് പറയാം നമുക്കിതേപോലെ വരുമ്പോ നമ്മളെ പറയാനും അവിടെ ആളുകളുണ്ടാവും എന്തൊക്കെ വരാൻ പോണോ ഒന്നും അറിയില്ല എന്തൊക്കെ വരാൻ പോണോ ഒന്നും അറിയില്ല അതൊക്കെ മുൻകൂട്ടി കാണിച്ചു തന്നാൽ എങ്ങനെയുണ്ടാവും ഈശ്വരന്റെ പരമ അനുഗ്രഹം കൊണ്ടാണ് പഴയതൊക്കെ മറന്നുപോണതും ഫ്യൂച്ചർ അറിയാതിരിക്കുന്നതും അതിനാൽ മഹാവഷമാണ് പേടിച്ചു പോവും ഭയന്നുപോകും പക്ഷെ അതുകൊണ്ട് ഒരു ഗുണമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നും ചെയ്തിട്ടിവിടെ കാര്യമില്ല കർത്തൃത്വത്തിനൊന്നും വലിയ കാരണ ഒരു പ്രയോജനവും എന്ന് മനസ്സിലാവും സർവേശ്വരനെ ശരണാഗതി ചെയ്യും പക്ഷെ പക്വുമ്പുള്ള ആൾക്കെ അത് പറ്റുള്ളൂ പക്വമില്ലാത്ത ആളാണെങ്കിൽ പേടിച്ച് ഭ്രാന്തി പിടിക്കും െ അർജുനന് പക്വം ഉണ്ട് എന്ന് കണ്ടതുകൊണ്ട് ഭഗവാൻ കാണിച്ചു കൊടുത്തു ധ്രുവരാഷ്ട്രന്റെ മക്കളൊക്കെ അവിടെ ചാവണതായിട്ടും വായിൽപ്പെട്ട് മരിക്കണതായിട്ടും ത്വരവാണാവിശന്തി എന്നാണ് ഒക്കെ തിരക്കുകൂട്ടി ഉള്ളിൽ പോവാത്തായിട്ട് വായുടെ ഉള്ളിലേക്ക് കേജി വിലഗ്നാഹാദശനാന്തരേഷു തലയൊക്കെ പൊടിഞ്ഞു കിടക്കാണ് എങ്ങനെയാ പോണതെന്ന് വെച്ചേഥാനീനം ബഹവും ഭുവേഗ സമുദ്രമേവാഭിമുഖാദ്രവന്തി ോകീരാവിശന് വക്രാണി അഭിവിജ്വലി നദികള് സമുദ്രത്തിലേക്ക് പാഞ്ഞു പോകുന്ന പോലെ യഥാ നദീനാം ബഹവ അമ്പുവേഗാ സമുദ്രമേവ അഭിമുഖാദ്രവന്തി തഥാ അതേപോലെ നരലോകവീരാ അർജുനം പറയണത് കേവലമീ മനുഷ്യലോകത്തിൽ വീരന്മാരായിട്ടുള്ളവർ എന്നുവെച്ചാൽ ഗ്രാമത്തിൽ സിംഹങ്ങളുണ്ട് എല്ലാ ഗ്രാമത്തിലുമുണ്ട് സംസ്കൃതത്തിൽ ഗ്രാമസിംഹം എന്ന് പറഞ്ഞാൽ പട്ടി എന്നാണ് അർത്ഥം അവർ ഗ്രാമത്തിലെ സിംഹങ്ങളാണോ ആ ഏരിയയിൽ വന്നാൽ കണ്ടിട്ടുണ്ടോ അതിന്റെ ഭാവം അതിന്റെ അടുത്തേക്കൊക്കെ പോയാലേ ഭയങ്കരമായിട്ട് സിംഹം പോലെ കുറയ്ക്കും അതിന് ധൈര്യവും ഉണ്ടോ ഇല്ലയോ കുറയ്ക്കും വേറെ ഏതെങ്കിലും ആയ അതിന്റെ ഏരിയയുടെ ഉള്ളിൽ വന്നാൽ കുറയ്ക്കും സിംഹം അതുപോലെ ഈ ലോകത്തിൽ മാത്രം തൽക്കാലത്തേക്ക് വീരന്മാരായിട്ടുള്ള ഇവരൊക്കെ ൾ സമുദ്രത്തിലേക്ക് പോവുന്ന പോലെ ഭഗവാന്റെ വായുടെ ഉള്ളിലേക്ക് പോണത് മുമ്പിൽ കണ്ടൂന്നാണ് ത്വരമാണ വിശന്തി യഥാപ്രദീപ്തം ജ്വലനം പതംഗാ വിശന്തി വിശന്തി ലോകാഹ തവാക് സമൃദ്ധവേഗാഹ ഈ തീ കത്തിനുക്കുമ്പോ മഴക്കാലത്ത് പാറ്റകൾ വന്ന് തീയിൽ വീണുകൊണ്ടേയിരിക്കും എന്തിനാ വീണ അറിയില്ല അവർക്ക് വലിയ അട്രാക്ഷനാണ് അതിൽ വന്ന് വീഴും അതുപോലെ ഭഗവാന്റെ ആ തുറന്നു വെച്ച വായിടെ ഉള്ളിലേക്ക് കാലപുരുഷന്റെ വായിലേക്ക് ഇവരിങ്ങനെ വന്ന് വീഴണു അവരൊക്കെ വന്ന് വീണു അല്ലെങ്കിൽ ഇവരൊക്കെ എന്തിനു യുദ്ധത്തിന് വരണം ഇവരുടെ ഒക്കെ കാലമാണ് പ്രവർത്തിക്കണതേ മരിക്കാൻ കാലമായപ്പോ ഒക്കെ യുദ്ധത്തിന് വീർപിടിച്ച് വന്ന് നിൽക്കുക എത്ര തീവ്രവാദികളാ ആതങ്കവാദികളാ അല്ലെ എന്തിനാ ഇവരൊക്കെ മരിക്കണത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്തോ ഭ്രാന്ത് തലേന്ന് കയറി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം അവർക്കും മരിക്കണം കുറെ ആളുകളെയും യമന്റെ ലോകത്തുനിന്ന് ഡെപ്യൂട്ടിയിൽ വന്നിട്ടുള്ളവരാണ് അവരൊക്കെ പലരെയും അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാക്കി വെച്ചിരിക്കുകയാണ് ബോംബൊക്കെയായിട്ട് ഞങ്ങൾ മരിച്ചാലും വേണ്ടിയിട്ടേ അവിടെ കുറെ ആളുകളെ കൊല്ലണം അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഭഗവാന്റെ വായിലേക്ക് പ്രവേശിക്കുന്നത് അർജുനൻ കണ്ടു ലേലിഹ്യസേ ഗ്രസമാന സമന്താ ലോകാൻ സമഗ്രാൻ വതനൈർജ്വലദ് ജ്വലിച്ചു നിൽക്കുന്ന വായുകൊണ്ട് എത്രയോ പേരെ ഭഗവാൻ അങ്ങനെ വിഴുങ്ങുണു തേജോപിരാപൂര്യ ജഗത്സമഗ്രം വാസസ്ഥവോഗ്രാഹ പ്രതപന്തി വിഷ്ണു ആ ചൂടുകൊണ്ട് ഈ ലോകം മുഴുവൻ ചുട്ടു പൊള്ളാണ് അങ്ങനെയുള്ള രൂപം കണ്ട് ഭയന്നു വിറച്ച കിരീടി യുദ്ധവീരനായ അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനെ അങ്ങാരാണ് നോക്കണം കൃഷ്ണനെ അറിയില്ലേ അർജുനൻ വസുദേവരന്റെ പുത്രനാണ് ദേവകിയുടെ പുത്രനാണെന്ന് അറിയില്ലേ ആ കൃഷ്ണനൊന്നും ഇവിടെ ഇല്ല ലോകത്തിനെ മുഴുവൻ വിഴുങ്ങുന്ന വിശ്വമൂർത്തി സകല ലോകത്തിനെയും സംഹരിക്കുന്ന വിശ്വമൂർത്തിയായിട്ട് ഭഗവാൻ ഇവിടെ നിൽക്കുമ്പോഴാണ് അർജുനൻ ചോദിക്കുന്നത് അവിടുന്ന് ആരാണ് ആഖ്യാഹിമേ കോൻ ഉഗ്രൂപ നമോസ്തുതേ ദേവവര പ്രസീത വിജ്ഞാതമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തി ഭഗവാനെ ഉഗ്രരൂപിയായ അവിടുന്ന് ആരാണ് അവിടുന്ന് എന്തിനാണ് ഇങ്ങനെ അവതരിച്ചിരിക്കുന്നത് പ്രവൃത്തി എന്താണ് അപ്പൊ അവിടുന്ന് എന്ത് ചെയ്യാനാണോ വന്നിരിക്കണത് ഇതിനു മുമ്പ് ഒരിക്കലും ശാന്തമായിട്ടിരിക്കുമ്പോ ഒരു നല്ല മൂഡിലുള്ളപ്പോഴാണ് സർവധർമാൻ എന്താണ് യഥാ യഥാ ഹി ഭാരത പരിത്രാണായ സാധൂന എന്നൊക്കെ പറഞ്ഞതേ പക്ഷെ അങ്ങനത്തെ രൂപമൊന്നുമല്ല ഇപ്പൊ കണ്ടത് ഇവിടെ ധർമ്മം അധർമ്മം എല്ലാത്തിനെയും വെഴുങ്ങണു പുണ്യം പാപം എല്ലാത്തിനേം വെഴുങ്ങുന്നു നല്ലവരെയും ചീത്ത ആളുകളും ഒക്കെ വെഴുങ്ങുണു അല്ലേ നല്ലവര് മാത്രമാണോ മരിച്ചത് ചീത്ത ആളുകൾ മാത്രമാണോ മരിച്ചത് എല്ലാരും മരിച്ചു അവസാന ചതുഷ് പഞ്ചാവശേഷിതാഹ ഭാരത യുദ്ധം കഴിഞ്ഞപ്പോഴേ ഇത്ര ആളുകൾ യുദ്ധം ചെയ്തിട്ട് ബാക്കി വന്നത് കോടിക്കണക്കിന് ആളുകൾ യുദ്ധം ചെയ്തിട്ട് ബാക്കി വന്നത് അഞ്ചോ ആറോ പേര് ചതുഷ് അതിലും കുറെ ആളുകൾ പിന്നെയും മരിച്ചു ബാക്കിയുള്ളതിനെയൊക്കെ ഈ പടക്കം പൊട്ടിച്ചിട്ട് അവസാനം കുറച്ച് ബാക്കിയുണ്ടാവും അതൊക്കെ പിള്ളേരെ പെറുക്കിയെടുത്തിട്ട് കൊളുത്തും അതുപോലെ അശ്വത്ഥാമാവിനെ വെച്ച് ബാക്കിയുള്ളതിനെയും കൊന്നു ആരും ബാക്കിയില്ല മൊത്തത്തിൽ ഈ പഞ്ചപാണ്ഡവരും കൗരവരുടെ വശത്ത് അശ്വത്ഥാമാവും കൃപാചാര്യരും കൃതവർമാവും ആക്കിയൊന്നുമില്ല ഒക്കെ പോയി അപ്പോ ഈ വന്ന ആളാരാണ് അത്രയൊക്കെ നല്ല ആളാണോ കൃഷ്ണൻ അപ്പൊ വന്ന ആൾ ആരാണ് എന്ന് വെച്ചാൽ അർജുനനെ അവിടെ കാണത് അക്യാഹിമേ കോഭവാനുഗ്രൂപോ നമ്മൾ ഈ ചോദ്യം ചോദിക്കണം ഭൂമികുലുക്കം വരുമ്പോ അത് കണ്ടുകൊണ്ട് ചോദിക്കണം ആക്യാഹിമേ കോനുഗ്രൂപോ അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ ഭൂമി ഗുലുക്കം എന്തുകൊണ്ട് വന്നു വിഡിത്തം ഇതാണ് ഈ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമേ അപകടം കണ്ടുപിടിക്കാൻ പറ്റുമോ നമ്മൾ കണ്ടുപിടിച്ചിട്ട് എന്ത് പ്രയോജനം ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാർ തല പൊങ്ങുകൊണ്ടിരിക്കും ഭൂമി എന്തുകൊണ്ട് കുലിങ്ങി കണ്ടുപിടിച്ചതുകൊണ്ട് ഇനി കുലുങ്ങാതിരിക്കുകയോ അവരിയ്ക്കുന്ന ചേറിന്റെ ചവട്ടൽ കുലുങ്ങും ഒരു പ്രയോജനമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കാണ് ഓരോ ആപത്തുണ്ടാവുമ്പോഴും യാവി സർവഭൂതേഷു ബുദ്ധി രൂപേണ സംസ്ഥിത ആതങ്കവാദികൾ ഈ തീവ്രവാദികളൊക്കെ വരുമ്പോ അവരുടെയൊക്കെ ബുദ്ധിയിൽ ഈ മഹാമാരിയല്ലേ പ്രവർത്തിക്കുന്നത് ഈ ശക്തിയല്ലേ പ്രവർത്തിക്കുന്നത് ഭൂമി കുലുങ്ങുമ്പോ അതിന്റെ പുറകില് സ്ഥിരാ സി നിത്യം മഹാത്മത്തിലൊരു പേരാണ് മഹീസ്വേണ ഭൂമിയുടെത്തിൽ യഥിവ്യൃവ്യം പൃഥിവീന വേദ യൃവീ ശരീരം യഹ പൃഥി അന്തരോയ ആത്മാ അന്തര്യാമി അമൃത ഉപനിഷത്ത് പറയണത് പൃഥിവിയുടെ ഉള്ളിലിരുന്ന് ഒരാൾ കുലുക്കുക അത്രേ അയാളെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ പൃഥ്വിയോട് ചോദിച്ചാൽ ഭൂമി ഉത്തരം പറയില്ല അപ്പോ ആഖ്യാഹിമേ കോഭവാനുഗ്രൂപോ ചോദിച്ചാൽ നരസിംഹമൂർത്തിയുടെ അടുത്ത് പ്രഹ്ലാദനെ പോലെ ആ വേഷം ഒന്നും മാറ്റി ഭഗവാൻ ഞാൻ വെറുതെ ഒരു പൂച്ചാണ്ടി കാട്ടിയതാ പേടിക്കുന്ന കേട്ടോ അപ്പോ പേടി പോവും കാണുന്ന വസ്തുക്കളിലൊക്കെ ആ പരമാത്മ തന്നെയാണ് ഉഗ്രമായിട്ടും ഉള്ളത് ശാന്തമായിട്ടും ഉള്ളത് എല്ലാ ഭാവവും ഭഗവാന്റെ ഭാവമാണ് അത് കാണാനാണ് ഇങ്ങനെ ഈ ഭയങ്കര ഭാവം കാട്ടുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലൊരു ഭയങ്കരത വരുമ്പോൾ ഗുരുവായൂരപ്പനൊക്കെ പോയിപ്പോകും എല്ലാ സുഖമായിട്ടിരിക്കുമ്പോ ആഹാ നല്ല സുഖം നല്ല ജോലി കിട്ടി മക്കൾക്ക് അമേരിക്കയിൽ ജോലി കിട്ടി മകളെ അവിടെ കല്യാണം കഴിച്ചെടുത്തു ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എന്തെങ്കിലും ഭയങ്കരമായി ഗുരുവായൂരപ്പൻ മുമ്പിൽ വന്നാൽ ഇങ്ങനെ ചതിക്കുന്നു വിചാരിച്ചതേ ഇല്ലേ ഞാൻ ഇത്ര ഭാഗവതം വായിച്ച് നാരായണീയം വായിച്ച് ഇത്ര അമ്പലത്തിൽ പോയിട്ട് ഗുരുവായൂരപ്പൻ ചതിച്ചു അപ്പൊ ഭക്തിയൊക്കെ പോയി എന്താന്ന് വെച്ചാൽ ജീവിതത്തിലൊരു ദുഃഖം വന്നപ്പോ അർജുനനെ മാതിരി ചോദിക്കണമേ ഭഗവാനെ ഈ ഉഗ്രരൂപമാണ് എന്തിനാ ആത്യാഹിമേ കോഭവാനുഗ്രൂപവും ഭഗവാനോട് ഉത്തരം പറയും അതിന് വിജ്ഞാത്തമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തി ഈ പ്രവൃത്തി എന്തിനാണ് അങ് ആരാണ് എന്തിനാ ഈ ഭയങ്കര രൂപം എന്ന് അർജുനൻ ചോദിക്കണു അതിനുള്ള ഉത്തരമാണ് ഭഗവാൻ ഇനി പറയാൻ പോണത് നമ്മുടെ നാളെ കാണാം സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോണരിണലോലയാസം പരമായാസം മാതാകാരമുനാരംമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദ ോവിന്ദം പരമാനന്ദം ഭജ ഗോ ഗോപീമോഭേദം ഭേദമഭേദം ശോരനിർൂതധൂളീധൂസരസൗഭാഗ്യം ക്തിഗൃത്തനന്ദമചിന്യ ചിന്ത സദ്ം ചിന്മണിമോവിരമാനന്ദോവിരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദോവിന്ദം പരമാനന്ദം ഭജ പരമാനന്ദം സ്നവ്യാകുലയോഷി വസ്ത്രമുദാഗമുരുൂഢം വ്യാധി സന്ത വസ്്രാദ്യുപാകർഷ നിർദ്ധൂദ്വയശോകവിമോഹം ബുദ്ധം ബുദ്ധേരന്തസ്ത സമാത്ര ശരീരം പ്രണമത ഗോവിന്ദം പരമാനന്ദോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദ ോവിന്ദ പരമാനന്ദ ഭജ ഗോവിന്ദ പരമാനന്ദവേദാത്തഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദ സദ്ഗുരു പ്രണതസ്മ്യഹം ഹരനമ പാർവതീപതേ ഹരഹര മഹാദേവ